സാശിവസമാരംഭാ ശങ്കചാര്യമധ്യമാ അസ്മദാചാര്യപര്യ വേഗുരംപരാതി സ്മൃതിപുരാ കരുണാലയം നമു ഭഗവത്പാദം ശങ്കരം ലോക Shankaram ശങ്കരം ശങ്കരാചാര്യ Shankaram, Shankaram, Shankaram, കേശവം പാദരാണ സൂത്രഭാഷ്യതൗ വേ ഭഗവതപുനഃരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗി വ്യോമവ്യാത്തേ ദക്ഷിണമൂർത്ത എല്ലാവർക്കും നമസ്കാരം അഞ്ചാം അധ്യായം കർമ്മസന്യാസം അഞ്ചാം അധ്യായം എന്ന് പറയുമ്പോ നമ്മളിപ്പം ഇത്ര ശ്ലോകായി ഇരുന്നൂറ്റിനാല് ശ്ലോകങ്ങൾ കഴിഞ്ഞു ഒന്നാം അധ്യായത്തിലെ നാല്പത്തിയേഴ് ശ്ലോകങ്ങള് രണ്ടാം അധ്യായത്തില് എഴുപത്തിരണ്ട് ശ്ലോകങ്ങള് മൂന്നാം അധ്യായത്തില് നാൽപ്പത്തി മൂന്ന് ശ്ലോകങ്ങള് അല്ലെ ശരിയായിരിക്കും എന്ന് വിചാരിക്കണം നാലാം അധ്യായത്തിലെ നാൽപ്പത്തി രണ്ട് ശ്ലോകങ്ങൾ കണക്ക് കൂട്ടിയാൽ ശരിയാണ് ഉത്തരമെങ്കിൽ ഇരുന്നൂറ്റി നാല് ശ്ലോകങ്ങൾ മൊത്തം ശ്ലോകങ്ങൾ എഴുന്നൂറ്റി ഒന്ന് ബാക്കി ശ്ലോകങ്ങൾ നാനൂറ്റി തൊണ്ണൂറ്റി ഏഴ് വലിയ കുഴപ്പമില്ലാതെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സ്വാമി ശ്ലോകവും ദിവസവുമാണ് നോക്കുക അധ്യായവും അധ്യായം അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മളിത് ഒരുമിച്ച് എടുക്കുന്നുണ്ട് അഞ്ചാം അധ്യായത്തിൽ ഭഗവാൻ അർജുനൻ മുൻപ് ഭഗവാനോട് ആവശ്യപ്പെട്ടതുപോലെ കുറച്ചുകൂടെ ഇതിൻ്റെ വ്യക്തതയെ സന്യാസത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ആ വ്യക്തതയെ ആവശ്യപ്പെടുകയാണ് നോക്കാം എന്താണ് അഥ പഞ്ചോധ്യ കമ്മ സോ അർജുന ഉച സൃഷ്ണ പുനർയോം तन्मे യേയേതയോക്കേ ബ്രൂഹുനിശ്തം അർജുന ഉവാച അർജുനൻ ചോദിച്ചു ഭഗവാനോട് സന്യാസം കർമ്മണം കൃഷ്ണ പുനർയോഗം ചംസസി യ്രേയ ഏതയോ ഏകം തത് മേ ബ്രൂഹി സുനിശ്ചിതം ഭഗവാനേ കൃഷ്ണ അങ് ത്വം കർമ്മണം സന്യാസം കർമ്മണം കർമ്മങ്ങളുടെ ഭഗവാൻ ഇതുവ ഇതുവരെ പറഞ്ഞത് കർമ്മങ്ങളുടെ സന്യാസം കർമ്മത്തിൻ്റെ സന്യാസം പരിത്യാഗം അതായത് അതിലെ ഫല അപേക്ഷ കൂടാതെ കർമ്മത്തിൽ വർത്തിക്കൽ ഇതാണ് ഭഗവാൻ പറഞ്ഞു വന്നത് അതിനെക്കുറിച്ച് അങ്ങ് പുനഃ പിന്നെ വീണ്ടും യോഗം ച യോഗത്തെയും യോഗം എന്ന് പറഞ്ഞാൽ കർമ്മയോഗത്തെയും മനസ്സിലാക്കുക അങ്ങ് ശംസസി എന്ന് പറഞ്ഞാൽ പ്രശംസിച്ചു വാഴ്ത്തി അങ്ങ് രണ്ടും വാഴ്ത്തി അങ്ങ് രണ്ടിൻ്റെയും എന്താ പറയുക ഒരുപോലെ കൊണ്ടുപോകുന്ന കാര്യത്തെക്കുറിച്ച് അങ്ങ് പറഞ്ഞു വളരെ ഗംഭീരമായിട്ട് അങ്ങ് അത് അവതരിപ്പിച്ചു എങ്ങനെ കർമ്മം ചെയ്യണം ഏതാണ് അറിവ് അങ്ങനെ രണ്ടിനെയും അങ്ങ് നന്നായി പറഞ്ഞു തരക്കേടില്ല ഭഗവാനെ ഏതയോഹോ ഇവയിൽ ഈ രണ്ടിലും യത് ശ്രേയ ഏതാ ശ്രേയസ്കരം ഇതാണ് അർജുനറിയേണ്ടത് നമുക്കും അങ്ങനെയാണ് ഏതാ നല്ലത് അത് പറയും ശ്രയ യാതൊന്നാ ശ്രേഷ്ഠമായത് തത് ഏകം ആ ഒന്നിനെ മാത്രം സുനിശ്ചിതം നന്നായി ഉറപ്പിച്ച് മേ ബ്രൂഹി എനിക്ക് പറഞ്ഞു തരൂ തന്നെയാണ് അർജുനൻ മുൻപ് പറഞ്ഞത് അപ്പൊ അർജുനൻ ഒന്നുകൂടെ ചോദിക്കുന്നു നമ്മളും ചോദിക്കൂ ഇതൊക്കെ സ്വാമി ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് എന്താപ്പം ഞങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് പറയൂ അപ്പൊ ഏതായാലും ഭഗവാൻ അർജുനന്റെ ചോദ്യം കേൾക്കണോ ഭഗവാന് തോന്നുന്നുണ്ട് കാരണം അർജുനൻ ഈ സന്യാസത്തെക്കുറിച്ചും ഈ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് അർജുനന് കുറെ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് അർജുനൻ ഒരു അജ്ഞാനിയുടെ തലത്തിൽ നിന്നിട്ടൊന്നുമല്ല ചോദിക്കുന്നത് അർജുനന് രണ്ടും മനസ്സിലായി ഈ രണ്ടും ഞാൻ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണോ അതോ ഏതെങ്കിലും ഒന്ന് മാത്രം എനിക്ക് തിരഞ്ഞെടുക്കാമോ അതാണ് അർജുനന്റെ ചോദ്യം അതുകൊണ്ട് അങ്ങനെ ഏതെങ്കിലും ഒന്ന് പറ്റുമെങ്കിൽ ഭഗവാനെ ആ ഒന്ന് പറഞ്ഞു തരും എന്നാ പിന്നെ ആ ഒന്നുമായിട്ട് ഞാൻ ഇരുന്നോളാം ഭഗവാൻ എന്താ പറയുന്ന നോക്കാം ശ്രീ ഭഗവാനുവാച സന്യാസ കർമ്മയോഗ്രേയസകുഭവ തയോസ്തു കർമ്മ സന്യാസാത് സന്യാസ കർമ്മയോഗശ്രേയസകരാുഭോ തയോർമ്മസന്യാസാത് കർമ്മയോഗ വിശിഷ്യത്തെ സന്യാസന്യാസം കർമ്മത്തിന്റെ പരിത്യാഗം അല്ലെങ്കിൽ എന്താ സന്യാസം എന്ന് പറയുമ്പം കാരണം സന്യാസ ഭാവത്തെക്കുറിച്ച് പല പ്രകാരത്തിൽ സ്വാമി പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഏതാണ് സ്വീകാര്യമായത് ഏതാണ് പിടികിട്ടിയത് എന്നറിയില്ല ഏതായാലും സന്യാസം എന്ന് പറയുമ്പം വേറൊരിടത്ത് പറയുന്നത് അതായത് ആ ശാശ്വതമായ ഒരു നിലനിൽപ്പുണ്ട് ശാശ്വതമായതിനെ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു നിൽപ്പ് അപ്പൊ മറ്റുള്ളത് എങ്ങനെയാ മറ്റു മറ്റുള്ളതെല്ലാം എന്ന് പറഞ്ഞാല് അതായത് ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഏറ്റവും ഗംഭീരായിട്ടുള്ള ഉദാഹരണ നമുക്ക് വളരെ ഹൃദ്യമായി തോന്നിയിട്ടുള്ള ഒരു ഉദാഹരണമാണ് അതായത് സ്ഥിരമായതിനെ പ്രാപിച്ചവനാണ് സന്യാസി ഇതാണ് ശരിയായിട്ടുള്ള പ്രയോഗം ശാശ്വതമായത് എന്നൊക്കെ സ്ഥിരമായതിനെ പ്രാപിച്ചവൻ സന്യാസി അപ്പൊ അസ്ഥിരമായത് എന്താണ് എന്നാണെങ്കിൽ ഉദാഹരണം പറയാം അതായത് ഈ ആകാശത്തിലെ മേഘങ്ങൾ കണ്ടിട്ടില്ലേ ആകാശത്തില് മേഘങ്ങൾ പടരുന്നത് ഇങ്ങനെ പോകുന്നത് ഈ മേഘങ്ങളെ പോലെയാണ് കർമ്മങ്ങളും കർമ്മഫലങ്ങളും ഒക്കെ അപ്പൊ ഏതെങ്കിലും ഒരു മേഘമായിട്ട് നാം താതാത്മ്യം പ്രാപിച്ചു കഴിഞ്ഞാൽ നാം നമ്മള് നമ്മൾ എന്താ പറ നമ്മൾ ഇങ്ങനെ നമ്മൾ പറയും വളരെ ശ്രദ്ധിച്ചു മനസ്സിലാക്കണേ നിങ്ങൾ ഈ സ്വാമി പറയുന്ന ഈ കാര്യം നമ്മൾ പറയണു ഞാൻ ആകാശത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നോട്ട ആകാശത്തിലല്ല പിന്നെയോ ഒരു കൊച്ചു മേഘത്തിലാണ് ഒരു കൊച്ചു മേഘത്തിൽ നാം നോക്കുന്ന സമയത്ത് നമുക്ക് സ്ഥിരമായ ആകാശം നഷ്ടപ്പെടുന്നു അസ്ഥിരമായ മേഘത്തിൽ നാം നോക്കിക്കൊണ്ടിരിക്കും ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ ഇത് ചെയ്യുന്നത് എന്നിട്ട് സ്ഥിരമായതിനെ പ്രാപിക്കാൻ നാം നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു സ്ഥിരമായതിനെ പ്രാപിച്ചവനാണ് സന്യാസി അസ്ഥിരമായതിനെ പ്രാപിച്ചവനാണ് ഗൃഹസ്ഥൻ അല്ലെ ഗൃഹസ്ഥൻ അങ്ങനെ മോശമായിട്ട് പറഞ്ഞുകൂടാ അപ്പൊ ഈ സ്ഥിരമായത് അത് ഞാനാണ് അപ്പൊ എന്നിൽ മാറി മറിയുന്നതാണ് ആകാശത്തിൽ മേഘങ്ങൾ വന്നും പോയും ഇരിക്കുന്നുവോ അതുപോലെ കർമ്മങ്ങളും കർമ്മഫലങ്ങളും ചിന്തകളും വികാരങ്ങളും വിചാരങ്ങളും ചെയ്തികളുമെല്ലാം മേഘങ്ങൾ പോലെ മേഘത്തിനൊരിക്കലും ആകാശത്തെ ഒരു പ്രകാരത്തിലും സ്വാധീനിക്കാൻ സാധ്യമല്ല ഇപ്പൊ ഞാൻ സ്ഥിരമാണ് ചിതാകാശം എന്നൊക്കെ പറയുന്നത് അവിടെയാണ് ആ ചിതാകാശത്തിലാണ് ഇതൊക്കെ എന്താ പറയുക കേവലം ഒരു ഒരു അതങ്ങനെ പോ അങ്ങനെ പോവും ആ ആകാശത്തില് പല വിധത്തിലുള്ള മേഘങ്ങളുണ്ട് നമ്മളിവിടെ കാണുന്ന പോലെയല്ല ഹിമാലയത്തിലേക്ക് ഹിമാലയത്തിലും കൈലാസത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാല് ഹോ അതൊരു വല്ലാത്ത കാഴ്ചയാണ് ഗന്ധർവ പത്തനം എന്ന് പറയും ഗന്ധർവ പട്ടണം ഒരു സിറ്റി തന്നെ കാണും നമ്മള് അതില് പല ഭാഗങ്ങളിൽ നിന്ന് കിരണങ്ങൾ പല വിധത്തിലാണത് വിഴുക വീണ് കഴിഞ്ഞാൽ അത് ഒരു വല്ലാത്തൊരു അങ്ങനെ സ്വർണം പോലെയൊക്കെ ഉണ്ടാവും ചിലയിടത്തൊക്കെ അതങ്ങനെ നിശ്ചലമായിരിക്കും അതിങ്ങനെ മേഘങ്ങൾ പോകുന്നു ഒന്നും ഉണ്ടാവില്ല പക്ഷെ അത് പോ പോക്കുണ്ട് ചിലത് പോകും ചിലത് പോവില്ല അതുപോലെ ആ വെള്ളമേ വെള്ളയൊക്കെ എന്ന് പറഞ്ഞാൽ അതൊരു അങ്ങനെ അങ്ങനെ കലക്കിയിട്ടിങ്ങനെ പതപ്പിച്ചു കഴിഞ്ഞാലുണ്ടാവില്ലേ അതുപോലെ എങ്ങനെ എങ്ങനെ നമുക്ക് തോന്നും പോയാൽ കിട്ടും പിടിക്കാൻ കിട്ടും തോന്നും അത്ര അടുത്തൊക്കെ ആയിട്ട് തോന്നും ഒരു പ്രതീതി നമ്മിൽ ജനിപ്പിക്കും ഇതൊക്കെ ഈ ജാതിയെല്ലാം നമ്മുടെ ഉള്ളിലും ഉണ്ടാവുന്നതാ അപ്പൊ സ്ഥിരമായതിനെ ആര് പ്രാപിച്ചോ അവനാണ് സന്യാസി ഉദാഹരണമൊക്കെ മനസ്സിലാക്കി മുൻപോട്ട് പോകുമ്പം നമുക്ക് കാര്യം എളുപ്പത്തിൽ അങ്ങോട്ട് മനസ്സിലാക്കാം നാം മേഘത്തിലേക്കാണ് നമ്മുടെ നോട്ടം ഒരു കൊച്ചു മേഘത്തിലേക്ക് നോക്കിയിട്ട് ഞാൻ പറയുന്നു ഞാൻ എന്താ നോക്കിക്കൊണ്ടിരിക്കുന്നത് ആകാശത്തെ നോക്കുക ഇതുപോലെയാണ് ഞാൻ ഇവിടെ ദൈവത്തെ അന്വേഷിക്കുന്നതും സത്യാന്വേഷണവും ശാസ്ത്ര വിചാരവും ഗീതാജ്ഞാന യജ്ഞം കേൾക്കലും എല്ലാം ഞാൻ വന്നിങ്ങനെ ഇരുന്ന് നോക്കുക ഇന്ന് ആരൊക്കെ വന്നിട്ട് എന്റെ നോട്ടം ഇപ്പോഴും കൊച്ചു മേഘങ്ങളില കൊച്ചു കൊച്ചു ചിന്ന ചിന്ന കാര്യങ്ങളില്ല ഇന്നെന്താ ഇപ്പം രണ്ടു ദിവസമായിട്ട് ഫോണൊന്നും അടിക്കുന്നില്ലെങ്കിലും ഓരോരുത്തരാക്കും ഇന്നെന്താ അപ്പൊ ഫോണൊന്നും ഇല്ലല്ലോ എന്ത് ഫോൺ ഇല്ലാത്തത് ഫോൺ ഉണ്ടെങ്കിലും കുഴപ്പം ഇല്ലെങ്കിലും കുഴപ്പമാണ് കാരണം പോയി വീണിരിക്കണം അങ്ങനെ നിസാരങ്ങളായിട്ടുള്ളതിനെയൊക്കെ അതിവർത്തിച്ചവൻ തള്ളിയവൻ അവനാണ് സന്യാസി അപ്പൊ സന്യാസ എന്ന ശബ്ദം കേൾക്കുമ്പം ഓർമ്മയിരിക്കട്ടെ സ്ഥിരതയെ പ്രാപിച്ചിട്ടുള്ളവൻ കർമ്മയോഗ സന്യാസവും കർമ്മയോഗവും ഉഭവും ഭഗവാൻ പറയണോ രണ്ടും നിസ്സകരവും അർജുന ഇത് രണ്ടും മോക്ഷത്തിന് പ്രദായകങ്ങളാണ് മോക്ഷപ്രധാനമായിട്ടുള്ളതാണ് ഈ രണ്ടും ഒന്നൊന്ന് മോശം എന്നില്ല കാരണം ഭഗവാന് ഈ കർമ്മ അർജുൻ കർമ്മം എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് അതെന്തോ ഒരു മോശപ്പെട്ടതാണെന്ന് അർജുനൻ ധരിച്ചത് അതുകൊണ്ടാണ് മൂന്നാം അധ്യായത്തിൽ ഞാൻ എന്തിനാ എന്നെ കൊണ്ട് എന്തിനെ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യിക്കുന്നതെന്ന് ചോദിച്ചത് നമുക്കുണ്ട് അങ്ങനെ ഓ ഇതൊക്കെ ഒന്ന് സ്വാമി എന്നിട്ട് എന്താ പരിപാടി അത് അല്ല സ്വാമിയുടെ കൂടെ വല്ല ആശ്രമത്തിൽ എന്തെങ്കിലും ഇല്ല അങ്ങോട്ടേക്ക് വരണ്ട ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തോളാം സ്വാമി എന്തെങ്കിലുമൊക്കെ ആശ്രമത്തിൽ പണി ഉണ്ടാവില്ലേ അതൊന്നും വേണ്ട നമ്മുടെ പണിയൊക്കെ നമ്മൾ തന്നെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അങ്ങനത്തെ ചിന്തയൊന്നും വേണ്ട ആശ്രമത്തിൽ പോയാൽ ഇനിയുള്ള കാലം അങ്ങനെയുള്ള ഇനിയുള്ള കാലം എവിടെയാണോ വീട്ടിലാണെങ്കിൽ അത് തന്നെ ആശ്രമം അപ്പൊ അതിൽ ഒരു വിധത്തിൽ ഭഗവാൻ അനുവദിക്കുന്നില്ല അതുകൊണ്ട് കർമ്മയോഗാച്ച കർമ്മയോഗവും ഉപവും ഇത് രണ്ടും നിശ്രേയസകരവും മോക്ഷത്തിന് സഹായകങ്ങളാണ് തയോഹോ തു തയോഹോ എന്ന് പറഞ്ഞ അവ രണ്ടിലും തയോഹോ അവ രണ്ടിലും കർമ്മസന്യാസാത് കർമ്മസന്യാസത്തെക്കാൾ കർമ്മയോഗ കർമ്മയോഗം വിശിഷ്യത വിശേഷപ്പെട്ടതാ അർജുനൻ കുടുങ്ങി അർജുനനെ കുടുക്കി ഭഗവാൻ മഹാഭാവം ഒരു നല്ലൊരു ചോദ്യമൊക്കെ ചോദിച്ച് അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് വളരെ നന്നായിട്ട് ഉത്തരം പറഞ്ഞത് എന്നിട്ടൊരു എന്താ പറയുക ഒരു കൊളുത്ത് വെച്ചു കൊടുത്തു എന്താ കൊളുത്ത് വെച്ചു കൊടുത്തത് കർമ്മയോഗം കുറച്ച് വിശേഷപ്പെട്ടതാണ് അപ്പൊ മറ്റത് കുറച്ച് മോശമാണെന്നല്ലേ ശാസ്ത്രത്തിൽ അധികാരി ഭേദം എന്ന് പറയുന്നത് അപ്പൊ ആ അധികാരി ആരാണോ അധികാരി അവനനുസരിച്ച് വേണം ഈ നമ്മുടെ അത് ഈ വില്ലേജ് അധികാരി അതല്ല കേട്ടോ അതിൽ അങ്ങനെയുണ്ടല്ലോ അധികാരി എന്ന് പറയുന്നത് അധികാരി എന്ന് പറഞ്ഞാൽ ആരാണ് ഇത് കേൾക്കാൻ വന്നത് അവന് അവന്റെ ആ രീതിയിൽ പറഞ്ഞു കൊടുക്കണം എന്നാ ഇവ ഒരു അമ്മയ്ക്ക് നാല് മക്കളുണ്ട് ഈ നാല് മക്കളില് നാല് മക്കളോടും പറയേണ്ട വിധം നാല് രീതിയിലാണ് നാല് വിധത്ത് പറഞ്ഞാലേ അവർക്ക് മനസ്സിലാവുള്ളൂ ഒരുത്തനോട് പറഞ്ഞു മോനെ ആ ശിവേത്രത്തിൽ പോയിട്ട് അവിടെ പോയിട്ട് ഒരു പുഷ്പാഞ്ജലി കഴിക്കൂ എന്ന് പറഞ്ഞു ആ അപ്പൊ അവനെ അത്ര മതി ശരി ആർക്കാണ് എന്താണ് ഏത് നാളിലും എന്താണോ അത്രയൊക്കെ ചോദിക്കുള്ളൂ ചിലപ്പോ അതും ചോദിക്കില്ല അവനറിയാം ആരൊരു നാളെ അച്ഛൻ്റെ പിറന്നാളാണ് അല്ലെങ്കിൽ എന്താണ് അവൻ അത്രയും കേട്ടാൽ മതി അവനതുമായിട്ട് കാശുമായിട്ട് അവൻ മേൻ പോയിക്കോളും മറ്റവനോട് അങ്ങനെയല്ല മോനെ ശിവക്ഷേത്രം അറിയാമെന്ന് എനിക്ക് ഇല്ല എവിടെയാണത് അതേ ഇന്നടത്ത് ബസ് വരണം അപ്പൊ എവിടെ നിൽക്കണം ഞാൻ ഇടത്തോട്ട് പോകണോ വലത്തോട്ട് പോകണം അപ്പൊ ബസ് വരും എവിടേക്കുള്ള ബസ്സാണ് വരിക ആലുവയ്ക്കുള്ള ബസ്സാണോ അതോ അല്ലേ ഈ ഇങ്ങനെ വരച്ച് കാണിച്ചു കൊടുക്കണം ഇത് ബസ് സ്റ്റോപ്പ് ഈത്ത് ഈത്ത് ഈത്ത് ഈത്ത് എന്നിട്ട് ഇവിടെ ഇറങ്ങി അവിടെ പോയിട്ട് അവിടെ പോയിട്ട് ആരോടാ ചോദിക്കുക അവിടെ ഇന്നിടത്താണ് കൗണ്ടർ ആ കൗണ്ടറിൽ പോയിട്ട് രസീതിയാക്കണം ആ രസീതി കൊണ്ടുപോയിട്ട് തിരുമേനിക്ക് കൊടുക്കണം തിരുമേനിയോട് പറയണം അത് മേടിക്കുമ്പോൾ തിരുമേനിക്ക് എന്തെങ്കിലും കൊടുക്കണം മറ്റവനോട് അതൊന്നും പറയേണ്ട ആവശ്യമില്ല ചിലർക്ക് വരച്ച് കാണിച്ചു കൊടുക്കണം ചിലർക്ക് വരച്ചൊന്നും കാണിച്ചു കൊടുക്കേണ്ട നേരിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവന് കാര്യം മനസ്സിലാവും ഇങ്ങനെ പല എന്താ തലങ്ങളിലാണ് ഓരോരുത്തർ നിൽക്കുന്നത് എന്ന് പറയാം ഇപ്പൊ ഭഗവാൻ അർജുനനായിട്ട് പറയണം എന്ന് പറഞ്ഞാൽ നമ്മളോട് തന്നെയാ പറയണത് അപ്പൊ നമ്മൾ ഇതിൽ നിന്ന് ഓടിക്കഴിഞ്ഞാൽ ആ രക്ഷയില്ല അതുകൊണ്ടാണ് ഭഗവാന സ്വാമികൾ അങ്ങനെ പറയുന്നത് ഗൃഹസ്ഥൻ വനത്തിലിരിക്കുന്നവനെ പോലെ ആചരിക്കരുത് വനത്തിലിരിക്കുന്നവൻ ഗൃഹസ്ഥനെ പോലെയും ആചരിക്കരുത് വളരെ ഒരു വിശേഷപ്പെട്ടതാണ് കാരണം ഭഗവാൻ പറയുന്നത് തന്നെയാണ് അതുകൊണ്ട് കർമ്മസന്യാസാ അത് കർമ്മസന്യാസത്തെക്കാൾ കർമ്മയോഗ വിശേഷിയതേ കർമ്മയോഗം വിശേഷപ്പെട്ടതാണ് ഭഗവാൻ നാലാം ഈ അഞ്ചാം അധ്യായ അഞ്ചാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ് അർജുനനെ കൊണ്ടുവരികയാണ് അതായത് ഇവിടെ അർജുനൻ ഭഗവാൻ ചെയ്യാൻ പോകുന്നത് എന്താണ് കർമ്മത്തിന്റെ സന്യാസമാണ് കർമ്മസന്യാസം പറയാം നോക്കാം സനിത്യസന്യാസി നിർദ്വന്ദ്ഖം ബന്ധാത്രമുച്ച ജേയ സ നിത്യസന്യാസി യഹ ന ദ്വേഷി നാക്ഷതി നിർദ്വന്ദ്വ ഹി ഹേ മഹാബാഹോ സുഖം ബന്ധാത് പ്രമുച്യത്തെ ഹേ മഹാബാഹോ അല്ലയോ പരാക്രമശാലി അർജുന യഹ യാദുരുവൻ നി ഭഗവാൻ വീണ്ടും പറയുന്നു മുൻപ് പറഞ്ഞതാണ് എങ്കിലും യാദുരുവനാണോ ഒന്നിനെയും ദ്വേഷിക്കുന്നില്ല ില്ല അപ്പം യഹ ന ദ്വേഷി യാതൊരുവൻ യാതൊന്നിനെയും വെറുക്കുന്നില്ലയോ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് ഭക്തന്മാരുടെ കേസിലൊക്കെ നിങ്ങൾ നന്നായിട്ട് എന്താ പറയുക നമുക്ക് ഏതിനോടെങ്കിലുമൊക്കെ വെറുപ്പുണ്ടെങ്കിൽ അതൊന്ന് ലിസ്റ്റ്ഔട്ട് ചെയ്യുന്നത് നല്ലതാണ് എനിക്ക് ഏതിനെയൊക്കെ വെറുപ്പാണ് എന്ന് പല ജീവജാലങ്ങളിൽ പലതും നമുക്ക് വെറുപ്പായിരിക്കും വെറുപ്പും അറുപ്പും ഉണ്ടാവും ഒന്നിനെ ഒന്നിനോടും അറപ്പ് തോന്നരുത് എന്ന് പറയാം ചിലർക്ക് മണ്ണിര അറപ്പായിരിക്കും മണ്ണിര എന്ന് പറയുമ്പോൾ തന്നെ എക്സെപ്റ്റ് ചെയ്യും അല്ലേ അവരുടെ മുഖം തന്നെ മണ്ണിരയെ പോലെയാവും അങ്ങനെയൊക്കെ പല ജീവജാലങ്ങളോടും ചില പുഴു ഈ കമ്പിളി പുഴു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഒരുപാട് രോഗമൊക്കെ ഉള്ള ശരിക്കും നിങ്ങൾ ഓരോന്നിനെ നോക്കൂ എന്തൊരു രസമാണ് കാണുക ഓരോന്നിനെ ആ വെറുപ്പുള്ളതിനെയൊക്കെ ഒരു അഞ്ച് മിനിറ്റ് നിരീക്ഷിക്കണം വിനോബാജിക്ക് ഈ കഴുതയുടെ കരച്ചിൽ വലിയ ഒരു വെറുപ്പായിരുന്നു വിനോബാജി പഠിക്കാനിരിക്കുമ്പോൾ ഇതിങ്ങനെ കരയുമ്പെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം നല്ല രസമാണ് വിനോബാജി അത് പറയണത് ഒരു ദിവസം പോപ്പ് സംഗീതം കേൾക്കാൻ വേണ്ടിയിട്ട് കൂട്ടുകാരൊക്കെ വിനോബാജിയെ വിളിച്ചു അപ്പൊ അവിടെ നിന്ന് ഇത് കേൾക്കുമ്പോൾ വിനോബാജിക്ക് ഈ കഴുതയുടെ കരച്ചിൽ ഓർമ്മ എന്നിട്ട് വിനോബാജി പറയുന്നു എനിക്കത് തീരെ ഇഷ്ടമായില്ല ഈ പോപ്പ് സംഗീതം എന്നിട്ട് ഞാൻ തിരിച്ചു പോന്നു പക്ഷേ ഒരുപാട് പേര് അതിനെക്കുറിച്ച് വളരെ പ്രശംസിച്ച് സംസാരിച്ചു അപ്പൊ ഞാൻ ആലോചിച്ചു അത് നല്ലതാണല്ലോ എന്ന് എനിക്കെന്തുകൊണ്ടത് ആസ്വദിക്കാൻ സാധിച്ചില്ല അങ്ങനെ ഇരിക്കുമ്പം ഇവൻ വീണ്ടും തുടങ്ങി കഴുത കരയാൻ വിനോബാജി പറയുന്നു ഞാനും അതുപോലെ കരയാൻ തുടങ്ങി അങ്ങനെ ഞാൻ കരഞ്ഞ് കരഞ്ഞ് ഏകദേശം അവനെ പോലെ കരയാൻ ഞാനും പഠിച്ചു അപ്പൊ മറ്റ് കഴുതകളും കരയുന്നത് ഞാൻ കേട്ടു എനിക്ക് അതിൻ്റെ കരച്ചിൽ പിന്നെ ഒരു വിഷമമായിട്ടേ തോന്നിയിട്ടില്ല ഞാനതിന് ഒരു പേരിട്ടു ഗർദപരാഗം എന്ന് ഗർദം എന്ന് പറഞ്ഞാൽ കഴുത കഴുതരാഗം എന്നുള്ളത് വിനോബാജിയാണ് തോന്നുന്നുണ്ട് ആദ്യം കൊണ്ടുവരുന്നത് ഗർദപരാഗം എന്ന് ഞാൻ അതിന് പേര് കൊടുത്തോന്നു അപ്പം കഴുതയുടെ കരച്ചിലിനെ നമുക്ക് ചിലർക്ക് നിങ്ങൾ ആലോചിക്കേണ്ടതാണ് സ്വാമി പറയുന്നത് ചിലർക്ക് പല പക്ഷികളുടെ കരച്ചിലും ഇഷ്ടമാണ് പല പക്ഷികൾ പക്ഷേ കാക്കയുടെത് ഇഷ്ടമല്ല നോക്കൂ കാക്കയുടെ ശബ്ദം എന്തൊരു സൗന്ദര്യമുള്ളതാ അതിൻ്റെ ക്വാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ അത് ഒരു പ്രത്യേക അതിൻ്റെ നല്ലൊരു എന്താ ഭാസൊക്കെ ഉള്ള നല്ല ശബ്ദമാണത് പക്ഷേ നമുക്കതിലൊന്നും തോന്നില്ല അതേപോലെ കുയിലൊക്കെ കരഞ്ഞ നമുക്ക് വലിയൊരു പ്രത്യേക ഇത് എന്നിട്ട് അതിനെ കുറിച്ച് ഇങ്ങനെ പുകഴ്ത്താനൊക്കെ നിൽക്കും അല്ലെങ്കിൽ മൂങ്ങ എന്നൊക്കെ പറഞ്ഞവര് ഏ മൂങ്ങ എന്താ ആകെ നമുക്ക് പരിചയമുള്ളത് ലവ് ബേഡ്സ് ഈ ലൗവായിട്ട് ബന്ധപ്പെട്ടോണ്ട അത് അത് അല്ലെങ്കിൽ അക്വേറിയത്തിലൊക്കെ നമ്മൾ ഇട ഏത് മത്സ്യത്തിന് അല്ലെ കണ്ണൻചാത്തൻ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് വയലില് എങ്ങനെ ഒന്നും തിന്നാൻ കൊടുത്തിട്ടില്ലെങ്കിലും ജീവിക്കുന്നത് നിങ്ങൾ ഒന്നും ഇട്ട് കൊടുക്കണ്ട അത് പിടിച്ചു നിൽക്കുന്നു പറയാ ഇതൊക്കെ എന്തെങ്കിലും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അധികമായി കഴിഞ്ഞാൽ ചാവും ആ അവിടുന്ന് ഇവിടുന്നൊക്കെ പിടിച്ചു കൊണ്ടുവരുന്നുണ്ടല്ലോ അപ്പൊ നമുക്ക് എന്തുണ്ട് വെറുപ്പുണ്ട് അല്ലെങ്കിൽ അറപ്പുണ്ട് ഈ പ്രപഞ്ചത്തില് ഏതിനെങ്കിലും നമ്മൾ വെറുക്കുന്നു നമുക്ക് അറപ്പുണ്ട് എങ്കിൽ നമ്മുടെ വെറുപ്പും അറപ്പും ഈശ്വരനോട് തന്നെയാണ് ഒരു സംശയവും വേണ്ട കാരണം ഇതം സർവം ഈശാവാസ്യം ഈ പ്രപഞ്ചം സർവം ബ്രഹ്മമയം ഇത് അഭ്യസിച്ചേ മതിയാകും അതുകൊണ്ട് ഏതിനോടൊക്കെയാണ് അറപ്പ് ഏതിനോടൊക്കെയാണ് വെറുപ്പ് അതിനെ നന്നായി നിരീക്ഷിക്കാൻ ശ്രമിക്കുക അത് കമ്പിളിപ്പുഴ ആവട്ടെ പാറ്റയാവട്ടെ പെൺകുട്ടികൾക്ക് ചെറുപ്പത്തിലെ പാറ്റയെ കാണുമ്പോൾ പേടിയാം ഒരു പാറ്റ മുറിയിലുണ്ടെങ്കിൽ പിന്നെ അവർ കിടക്കില്ല പാറ്റൊന്നും ചെയ്യില്ല നമ്മളെ പറ്റേ നിങ്ങളായിട്ട് ഒരു ദിവസം പാറ്റയായിട്ടൊരു സമ്പർക്കം ചെയ്തു നോക്കും ഒരു ദിവസം ഒരു പാറ്റയായിട്ടൊരു സൗഹൃദ സംഭാഷണോ അല്ലെങ്കിൽ എന്തെങ്കിലും സംസാരിക്കാൻ ശ്രമിക്കൂ അവൻ പറയൂ പല്ലി കണ്ട ഇതിനെയൊക്കെ ഉടനെ അടിച്ചു കൊല്ലണം നമുക്ക് ഒരു പാമ്പിനെ കണ്ട ഉടനെ അടിച്ചു കൊല്ലണം കാരണം നമ്മുടെ നിലനിൽപ്പ് ഉടനെ അവർ പറയുക എന്താണെന്ന് അറിയോ ആ പിന്നെ ആരെങ്കിലും കടിച്ചു കഴിഞ്ഞാൽ അല്ലേ ഒരുപാട് നമുക്ക് പ്രകൃതിയിലെ ഒരുപാട് കാര്യങ്ങളോട് ജീവജാലങ്ങളോട് നമുക്ക് ദ്വേഷമുണ്ട് നമുക്ക് വെറുപ്പുമുണ്ട് അതുകൊണ്ട് ഏതെങ്കിലും ജീവി ഭഗവത്ഗീതയുടെ ഭാഷയിൽ ആറാമായിട്ട് എല്ലാം ഈശ്വരനാണ് അതുകൊണ്ടാണ് മത്സ്യ അവതാരം മുതൽ എല്ലാം പറക്കുന്നതും എഴയുന്നതും ഭഗവാൻ പന്നിയായിട്ട് പോലും അവതരിക്കുന്നുണ്ടല്ലോ ഏറ്റവും നികൃഷ്ടമായിട്ടുള്ള ജീവിതം തോന്നുന്നത് നികൃഷ്ടമൊന്നുമല്ല ബോംബെയിലൊക്കെ അത് വലിയ കോർപ്പറേഷന്റെ ജോലിയോ ചെയ്യുന്നത് കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്ഭുതം തോന്നും ചോപടപ്പട്ടി എന്ന് പറയുന്ന സ്ഥലമുണ്ടല്ലോ ചോപ്പടപ്പട്ടി എന്ന് പറയുമല്ലോ അതായത് ഈ തിങ്ങി ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ് തെരുവിൽ അവരങ്ങനെ ചെറിയ വീട് ഓലയൊക്കെ മേ ഓലയല്ല ടിന്നൊക്കെ മേഞ്ഞ് ഇപ്പം അവരുടെ വീടുകളെല്ലാം ഈ ഫ്ലക്സ് വിനയിൽ ഫ്ലക്സ് ഇല്ലേ ഈ വലിയ വലിയ ബോർഡ് വയ്ക്കുന്നുണ്ടല്ലോ പ്ലാസ്റ്റിക്കിൻ്റെ അപ്പം അതവർ പൊളിച്ചുകൊണ്ടുവന്നിട്ട് വീടാക്കും അതിലൊക്കെയാണ് അവരുടെ താമസം അവരെ ഒന്നും രണ്ടും പാസാക്കുന്നത് എവിടെയാണ് റോഡിൻ്റെ സൈഡിൽ തന്നെ അത് മുഴുവൻ ക്ലീനാക്കുന്നവരെ ഇവനാണ് ഇവനിങ്ങനെ വന്നിട്ട് ബോംബേൽ സ്വാമി ഈ കാഴ്ചയൊക്കെ കണ്ടിട്ട് അത്ഭുതപ്പെട്ടിട്ട് ഇതൊക്കെ രസമാണ് കാണാൻ ഈ തേപ്പ് പെട്ടി പോലെ അവങ്ങനെ വരിക അയൺ ബോക്സ് പോലെ ഈ പന്നി കുട്ടികളൊക്കെ ഇരിക്കുമ്പോ അവനെങ്ങനെ മറച്ചിട്ടുകൊണ്ടാണ് മൂപ്പര് എന്താ പറയാ കാരണം ഈ തട്ടുകടയിൽ പോയിട്ട് ചൂട് മസാല ദോശയൊക്കെ അടിക്കുന്ന ഒരു ഇതാണ് പന്നിയെ തട്ടുകടയാണ് ഇതൊക്കെ ഇത്ര അതെ അപ്പൊ അതിന്റെ ഒരു അറപ്പൊന്നും തോന്നണ്ട നമുക്കിപ്പോ ഒരാളൊരു ഭക്ഷണം കഴിക്കുന്നത് കാണും എന്താ അർപ്പം അതൊക്കെ നീങ്ങിക്കിട്ടണം അത് നമുക്ക് ആസ്വദിക്കാൻ പറ്റണം നമ്മുടെ കുട്ടികള് നല്ല എന്താ പറയാ തൈര്ശാത ശാപ്പിടുന്നത് പോലെ അതുപോലെ കാക്കയൊക്കെ കണ്ടിട്ടുണ്ടോ വൃത്തികയുടെ കൊക്ക് ഇങ്ങനെ ചെരിച്ച് വെച്ചിട്ടിങ്ങനെ ഒരു സക്ക് ചെയ്തൊരു എടുക്കലാണ് ഇങ്ങനെ പിഷ്ക്ക് എന്ന് പറഞ്ഞിട്ട് എന്ത് ക്ലീനാക്കിയിട്ടാണ് വെക്കുന്നത് നമ്മൾ ഐസ്ക്രീം കഴിക്കാറില്ലേ അങ്ങനെ എന്തുകൊണ്ട് സാധ്യമല്ല ആ അറിവിൻ്റെ ഒരു തലത്തിലേക്ക് വലിയ അറിവൊന്നും വേണ്ട ഓരോന്നും ആഹരിക്കണോ ഓരോന്നിൻ്റേതായിട്ടുള്ള ആവശ്യങ്ങൾ ഒന്നിനോടും അറപ്പും വെറുപ്പും വിദ്വേഷവും തോന്നാതിരിക്കട്ടെ ചിലതൊക്കെ കാണുമ്പോൾ നമുക്ക് വൃത്തിയും കാര്യങ്ങളൊക്കെ വേണം അതൊക്കെ വേണ്ടത് തന്നെയാ അത് വിചാരിച്ചിന് ഇപ്പൊ സ്വാമി പറയുന്നത് അതല്ലേ നിങ്ങൾ ചാലിലൂടെ നടക്കണമെന്നോ അതിലൂടെ അതൊന്നുമല്ല അതിനൊക്കെ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ പക്ഷെ ഒന്നിനോട് നമുക്ക് കാണുന്ന സമയത്തോ കേൾക്കുന്ന സമയത്തോ ഒന്നും തോന്നേണ്ട ആവശ്യമില്ല എന്ന് പറയും പയ്യഹ നദ്വേഷി ഒന്നിനെയും വെറുക്കാത്തത് നമുക്ക് ഈ വെറുപ്പ് നീങ്ങിയാലേ നമുക്ക് മറ്റുള്ളവരോടുള്ള വെറുപ്പ് നീങ്ങിക്കിട്ടുള്ളൂ നമ്മളിന്ന് മറ്റുള്ളവരോടുള്ള വെറുപ്പ് നീങ്ങാൻ വേണ്ടി ഒരു ശ്രമം നടത്ത സാധ്യമല്ല നമുക്ക് ആദ്യം എന്തിനോടൊക്കെ വെറുപ്പുണ്ട് ഭാര്യയോടും ഭർത്താവിനോടും ഒക്കെ ഉള്ള വെറുപ്പ് നിൽക്കട്ടെ അമ്മ അമ്മയോടൊക്കെ ഉള്ളത് ഇതൊക്കെ ഒന്ന് ദൂരീകരിച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് കടക്കാം പറഞ്ഞു അതുപോലെ നക്ഷതി ഒന്നും ആഗ്രഹിക്കാതിരിക്കുന്നത് വല്ലാത്തൊരാഗ്രഹമാണ് നമുക്ക് എന്തിനും ആഗ്രഹം എങ്ങനെയെങ്കിലും അതൊന്ന് എന്താ പറയുക കൈവശപ്പെടുത്തണം ആരുടെ കയ്യിൽ കണ്ടാലും എന്ത് കണ്ടാലും കൈവശപ്പെടുത്തണമെന്നോ എന്ന കാക്ഷതി ഒന്നും ആഗ്രഹിക്കാത്തതാരാണോ സഹ അവൻ നിത്യസന്യാസി അവൻ ദിവസവും സന്യാസിയാണ് അപ്പൊ നിങ്ങൾക്ക് നിത്യസന്യാസിയാവണോ ഇതാ ഭഗവാൻ പറഞ്ഞിരിക്കണം നിത്യസന്യാസി മാസ സന്യാസി ഉണ്ട് വർഷസന്യാസിയൊക്കെ ഉണ്ട് സന്യാസം പല വിധത്തിലാണ് നിത്യസന്യാസി ജ്ഞേയ അറിയപ്പെടേണ്ടതാണ് അറിയപ്പെടേണ്ടവനാണ് ഹി എന്തെന്നാല് നിർദ്വന്ദ്വ നിർഗതം ദ്വന്ദ്വം നിർദ്വന്ദ്വം എല്ലാ ദ്വൈതങ്ങളും വിപരീതങ്ങളും അകന്നിട്ടുള്ള അവൻ ബന്ധാത് എല്ലാ കർമ്മബന്ധങ്ങളിൽ നിന്നും സുഖം മുച്ചതെ എളുപ്പത്തിൽ മോചിതനാകുന്നു അപ്പൊ ഭഗവാൻ എന്തിനാ ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നത് അപ്പം അതായത് ആർക്കെങ്കിലും മറ്റ് കാര്യങ്ങളെല്ലാം ഗ്രഹിച്ചു പക്ഷേ ഇവിടെ പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ അതിൽ പ്രധാനമായിട്ട് ന ദ്വേഷി നാമക്ഷതി അതുണ്ട് എങ്കിലോ ഈ ബന്ധനത്തിൽ നിന്നൊരു മോ മോചനം ഉണ്ടാവില്ല അപ്പൊ ഭഗവാൻ തന്നെ അർജുനനോട് പറയുന്നത് ദുര്യോധനാദികളോട് ഏതൊരു സമീപത്തെ നീ പുലർത്തണം എന്നാണ് ആലോചിക്കും സാധാരണ യുദ്ധഭൂമിയിൽ എന്താ പറഞ്ഞു കൊടുക്കേണ്ടത് ഇതൊക്കെ യുദ്ധത്തിനെതിരായിട്ടുള്ള ഇതുവരെ നടന്നിട്ടുള്ള യുദ്ധത്തിന് നിരക്കുന്നതല്ല അതുകൊണ്ടാണ് നേരത്തെ യുദ്ധം അറിവാകുന്ന വാളുകൊണ്ട് ചെയ്യാനും പറഞ്ഞത് അപ്പം സുഖം ബന്ധാ പ്രമുച്ചതേ ബന്ധത്തിൽ നിന്ന് വളരെ എളുപ്പം നിഷ്പ്രയാസം നാം മോചിതരാകുന്നു പണ്ഡിതോ പൃഥക് ബാള പ്രവദി നസ് സമ്യ ഉഭയോ വിന്ദത് ഫലം സാങ്ക്യയോഗവും പൃഥക് ബാലാഹ പ്രവതേ കേട്ടോളൂ അതായത് സാങ്ക്യയോഗവും ജ്ഞാനയോഗവും കർമ്മയോഗവും സാങ്ക്യയോഗവും എന്ന് പറഞ്ഞാൽ ജ്ഞാനയോഗവും കർമ്മയോഗവും പൃഥക് വേറെയാണെന്ന് രണ്ടാണെന്ന് പറയുന്നതാരാണ് ബാലാഹ കുട്ടികളാണ് ബാലന്മാർ എന്ന് പറഞ്ഞാൽ അറിവില്ലാത്തവരാണ് അറിവില്ലാത്തവർ എന്ത് പറയുന്നു ഭഗവാൻ പറയുന്നു അവർ പറയും ജ്ഞാനയോഗം എന്ന് പറഞ്ഞാൽ വേറെ കർമ്മയോഗം എന്ന് പറഞ്ഞാൽ വേറെ അത് പറയുന്നത് ആരാണ് കുട്ടികളാണ് കുട്ടികൾ അറിവില്ലാതെ പലതും പറയുമല്ലോ പക്ഷെ കുട്ടികൾ അറിവുള്ളതും പറയൂ കേട്ടോ ഇവിടെ ഭഗവാൻ ബാലാഹ എന്ന് പറഞ്ഞാൽ കുട്ടികൾ പലതും പറയുമല്ലോ ആ കൂട്ടത്തിലുള്ളതാ ബാലാഹ പ്രവതന്തി ബാലന്മാർ എന്ന് പറഞ്ഞാൽ ഇവിടെ അജ്ഞാനികൾ പറയുന്നു പണ്ഡിതാഹ എന്ന പ്രവതന്തി അറിവുള്ളവൻ പറയില്ല അറിവുള്ളവന് ഇത് അറിവുള്ളവന് ജ്ഞാനയോഗവും കർമ്മയോഗവും രണ്ടായിട്ട് പറയാൻ പറ്റില്ല അല്ല ഭഗവാനെ അങ്ങ് കുറച്ച് മുമ്പ് തന്നെയല്ലേ പറഞ്ഞത് അപ്പൊ ഭഗവാൻ ഇത് ശരിക്കും അർജുനനെ മനസ്സിലാക്കി കൊടുക്കുക ഇത് രണ്ടല്ല കാരണം മോനെ അർജുന നീ ഇത് രണ്ടായിട്ടിങ്ങനെ ചോദിക്കണം ഞാൻ ഏതാ ഒന്നിനെ പറയൂ ഒന്നിനെ പറയൂ എന്ന് ഈ ഒന്നിനെ പറയൂ എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് രണ്ടുണ്ട് എന്ന് അർജുനൻ മനസ്സിലാക്കിയതുകൊണ്ടല്ലേ അപ്പൊ ഭഗവാന്റെ ഉത്തരം ഇങ്ങനെയാണ് ഇതാണ് ഉത്തരം ശരിയായിട്ടുള്ളത് രീതി ആ ഒന്നിനെ പറയൂ ഒന്നിനെ പറയുന്നു ആരെങ്കിലും രണ്ടായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബാലന്മാരാണ് അപ്പൊ ഞാൻ രണ്ടായിട്ട് പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഞാനിതിനെ രണ്ടായിട്ട് അവതരിപ്പിച്ചിട്ടേ ഇല്ല അതുകൊണ്ട് നീ ശ്രദ്ധിക്കൂ എന്താണ് പണ്ഡിതാഹ പ്രബധന്തി പണ്ഡിതന്മാർ ജ്ഞാനികൾ അങ്ങനെ പറയുന്നില്ല എന്തുകൊണ്ടെന്നാൽ ഏകം അപി ഏകമാപ്പി ആ ഒന്നിനെ ആണെങ്കിലും സമ്യക് നല്ലവണ്ണം അനുഷ്ഠിക്കുന്നവൻ ഇത് ഒന്നിനെയാണെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ഏതൊന്നാണോ ആ ഒന്നായിട്ട് കരുതിയിരിക്കുന്നത് ആ ഒന്നിനെ അനുഷ്ഠിക്കുന്നതിലൂടെ അനുഷ്ഠാനത്തിലൂടെ ഉഭയോഹോ ഫലം ഇന്തത് രണ്ടിൻ്റെയും ഫലത്തെ പ്രാപിക്കും അതുകൊണ്ട് അറിവാകുന്ന അഗ്നിയിലേക്ക് അർജുന എല്ലാറ്റിനെയും ഹോമിച്ചാലും നിന്റെ ഹോമപ്രക്രിയ നിന്റെ ഹോമാഗ്നി ജ്ഞാനാഗ്നിയായിരിക്കട്ടെ അല്ലാതെ ബാഹ്യമായ അഗ്നി കൂട്ടി സ്വാഹ പറയുന്നതിൽ മൂടനായിട്ടാണത് ചെയ്യുന്നതെങ്കിലോ അതുകൊണ്ടാണ് പ്രാചീന ബർഹിഷസിനെ ബർഹിഷിനെ കുറിച്ച് ഭാഗവതം പറയുന്നത് ഒരുപാട് ഒരുപാട് കർമ്മങ്ങളൊക്കെ ചെയ്യുന്നു കർമ്മടനായ അദ്ദേഹത്തിനോട് ഋഷി ജ്ഞാനത്തെ ഉപദേശിക്കുന്നു എന്ന് പറയാം നീ ഇങ്ങനെ ഹോമോ അതും ഇതുമൊക്കെ ചെയ്തിട്ട് എന്താ കാര്യം അറിവിന്റെ ജ്ഞാനാഗ്നിയെ തെളിയിക്കൂ ആ ജ്ഞാനാഗ്നിയിൽ കർമ്മങ്ങളും കർമ്മഫലങ്ങളും എല്ലാം എന്താ ഒന്നൊഴിയാതെ അത് ഭസ്മീകൃതമാകട്ടെ എന്നിട്ടോ അതിൽ എല്ലാ കർമ്മങ്ങളും ആ കർമ്മഫലം എല്ലാം തന്നെ അതിൽ ശുദ്ധമാകും എന്ന് പറയും എന്താ അഞ്ചാം അധ്യായത്തില് അർജുനന് ചെറിയ ചെറിയ സംശയങ്ങൾ അർജുനൻ ചോദിച്ചു ഭഗവാനെ സന്യാസം കർമ്മണം കൃഷ്ണ പുനർയോഗം ച ംസസി യത് ശ്രേയ ഏതയോ ഏകം തന്മേ ബ്രൂഹി സുനിശ്ചിതം അപ്പൊ സന്യാസവും കർമ്മവും അല്ലെങ്കിൽ യോഗവും കർമ്മവും അർജുനൻ ഒന്ന് പിടികിട്ടേണ്ടതുണ്ട് നമുക്കും അദ്ദേഹം പറയാം ഇതിനെ അർജുനൻ തെറ്റിദ്ധരിച്ചിരിക്കുക അതുകൊണ്ട് ഭഗവാനെ ഒന്ന് പറഞ്ഞു തരൂ എന്നാ പറയുന്നത് ഭഗവാനാണെങ്കിലോ രണ്ടാക്കി പറഞ്ഞവൻ വിഡിയ അതായത് മൂടനാണ് ബാലനാണ് എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് ഭഗവാൻ പറയുന്നതും ഈ രണ്ടായിട്ടാണെന്നാണ് പക്ഷെ ഭഗവാൻ ഒന്നായിട്ട് തന്നെയാ പറയുന്നത് ഇതിൽ ചെറിയൊരു മനസ്സിലാക്കലിന്റെ കുഴപ്പമാണ് അതായത് കർമ്മ ഭഗവാൻ കർമ്മത്തിന്റെ ഫലമായിട്ടാണ് സന്യാസത്തെ പറയുന്നത് കർമ്മത്തിന്റെ ഫലമാണ് സന്യാസം അതുകൊണ്ടാണ് ഭഗവാൻ നിത്യസന്യാസി എന്ന വാക്ക് തന്നെ പ്രയോഗിച്ചത് ആയിത്തീരേണ്ടതല്ല അതെയോ അതൊരു അറിവാണ് എന്ന് പറയാം അറിവ് അറിവ് കൊണ്ട് നേടേണ്ടതാണ് അർജുനന്റെ സംശയങ്ങൾ വളരെ പ്രസക്തിയുള്ള സംശയം തന്നെയാണ് ഒരിക്കൽ ഒരു കുട്ടി അച്ഛനോട് ചോദിച്ചു അച്ഛ കമ്മ്യൂണിസം ക്യാപിറ്റലിസം സോഷ്യലിസം നാസിസം ഫ്യൂഡലിസം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് അച്ഛനാണ് ഈ ഇസങ്ങളെ കുറിച്ചൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നതെന്ന് അവൻ വളരെ സംഗ്രഹിച്ച് ലളിതമാക്കി അവതരിപ്പിച്ചു കൊടുക്കണം അപ്പം അച്ഛൻ പറഞ്ഞു മോനെ ഞാൻ നിനക്ക് പറഞ്ഞു തരാം ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാല് ഒരാൾക്ക് രണ്ട് പശു ഉണ്ട് അയാൾ ഒരു പശുവിനെ കൊടുത്തിട്ട് ഒരു കാളയെ മേടിക്കും അതാണ് ക്യാപിറ്റലിസം ശരി സോഷ്യലിസം എന്ന് പറഞ്ഞാല് അയാൾ ഒരു പശുവിനെ അടുത്ത് അയൽക്കാരന് കൊടുക്കും മറ്റേ അയൽക്കാരനെ ഒരു ഇയാളും ഒരു പശുവിനെ വളർത്തും അതാണ് സോഷ്യലിസം എന്ന് പറയസം എന്ന് പറഞ്ഞാൽ എന്താണ് നാസിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രണ്ട് പശുവിനെയും ഗവൺമെന്റ് കണ്ടെടുക്കും കണ്ടെടുത്ത് ആരുടെയാണോ പശു അവനെ വെടിവെച്ചു കൊല്ലും പശുവിനെയും വെടിവെച്ചു കൊല്ലും ഇതാണ് ഫ്യൂഡലിസം എന്ന് പറഞ്ഞാലും ഫ്യൂഡലിസം എന്ന് പറഞ്ഞാലും പശുവിനെ കണ്ടെടുക്കും ഒരു പശുവിനെ വെടിവെച്ചു കൊല്ലും പശുവിനെ അവനെയും വെടിവെച്ചു പിന്നെ ഒരു പശുവിന്റെ പാല് കറന്ന് അത് ചാ അഴുക്ക് എന്താ പറയുക ചാലിലൊഴുക്കും എന്ന് പറയും എന്നുവെച്ചാൽ കമ്മ്യൂണിസം എന്ന് പറഞ്ഞാലോ കമ്മ്യൂണിസം എന്ന് പറഞ്ഞാല് രണ്ട് പശുവിനെയും ഗവൺമെന്റ് ഏറ്റെടുക്കും എന്നിട്ട് അവൻ എത്രയാണോ പാല് വേണ്ടത് ആർക്കൊക്കെ പാല് വേണം അവരുടെയൊക്കെ ഫോട്ടോ കോപ്പി വില്ലേജ് അധികാരി മുഖാന്തരം ഗവൺമെന്റിന് കൈമാറിക്കഴിഞ്ഞാൽ ഗവൺമെന്റ് കൃത്യസമയത്ത് സമയാസമയം അവന് പാല് കൊടുക്കുന്നതാണ് കമ്മ്യൂണിസം അതൊരു എന്താ അച്ഛൻ പറഞ്ഞൊരു തമാശയാണ് അതായത് അവന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അതിനെ സംഗ്രഹിച്ച് സംഗ്രഹിച്ച് പറയാന്ന് പറയും ഇതുപോലെ ഭഗവാൻ അർജുനന്റെ ചോദ്യത്തിന് കർമ്മത്തെയും സന്യാസത്തെയും വീണ്ടും അവതരിപ്പിക്കുന്നു അല്ലയോ അർജുന സന്യാസ കർമ്മയോഗശ്രേയസകരാബുഭവ തയോസ്തു കർമ്മസന്യാസാത് കർമ്മയോഗ വിശിഷ്യത്തെ സന്യാസ സന്യാസം എന്ന് പറഞ്ഞ കർമ്മ ഫല അതുപോലെ കർമ്മയോഗ കർമ്മയോഗം ഉഭവും ഇത് രണ്ടും നിസ്്രേയസകരവും ഇതെന്താണ് മോക്ഷത്തിന് ഹേതുവായിട്ടുള്ളതാണ് ഒരുവനെ പരമമായ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കാൻ പോന്നതാണ് കർമ്മസന്യാസാത് കർമ്മയോഗ വിശിഷ്യത അതായത് കർമ്മസന്യാസത്തേക്കാൾ കർമ്മയോഗം വിശേഷപ്പെട്ടതാണ് എന്തിനാണ് അർജുനനോട് ഭഗവാൻ ഇങ്ങനെ ഇങ്ങനെ പറയുന്നത് കാരണം അർജുനന് ഒന്ന് ഉപേക്ഷിക്കണമെന്നുണ്ട് അത് ഭഗവാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് കർമ്മയോഗം കർമ്മയോഗം എന്ന് പറയുന്നത് കർമ്മ ഒരുവൻ കർമ്മയോഗി ആയി കഴിഞ്ഞാൽ അവന് സന്യാസം ഫലമാണ് അതുകൊണ്ട് നീ കർമ്മയോഗത്തെ അനുഷ്ഠിക്കും അർജുൻ ഈ ചോദ്യം തന്നെ മതിയാക്കും അത് മതിയാക്കണമെങ്കിൽ കുറെ മുൻപിലേക്ക് വരണം അപ്പൊ ഇപ്പൊ രണ്ടായിട്ട് പറഞ്ഞിരിക്കുന്നു എങ്കിൽ അത് രണ്ടായിട്ട് പറഞ്ഞതല്ല രണ്ടായിട്ട് അർജുനൻ മനസ്സിലാക്കിയതാണ് നമ്മളും അങ്ങനെയാണ് ഇതിനെ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഈ അധ്യായം സന്യാസത്തിൻ്റെ ലക്ഷണം വളരെ ഭംഗിയായി അവതരിപ്പിക്കുന്നുണ്ട് ഒരു വി ഒരു വിധത്തിലുള്ള തെറ്റിദ്ധാരണയ്ക്കും ഇടനൽകാത്ത വിധത്തിൽ വളരെ ഭംഗിയായിട്ട് അപ്പം നമുക്കറിയാം സന്യാസം എന്ന് പറഞ്ഞാൽ വളരെ വളരെ എളുപ്പമുള്ളൊരു ഏർപ്പാടാണ് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്തതാണ് ഭഗവത്ഗീതയിലെ സന്യാസം നമ്മളത് കാണും ഭഗവാൻ എന്താ പറയുക പറയാൻ തുടർന്ന് ഭഗവാൻ പറഞ്ഞു ജ്ഞേയ സ നിത്യസന്യാസിവേഷി ന കാക്ഷതി നിർദ്വന്ദ് ഹേ മഹാബാഹോ സുഖം ബന്ധാത് പ്രമുച്ചതേ ഇതൊക്കെ ചർച്ച ചെയ്തതാണ് ഒന്നുകൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ഹേ അർജുന യഹ നദ്വേഷി ഒന്നിനെയും ദ്വേഷിക്കുന്നില്ല ദ്വേഷം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഓ അങ്ങനെയാണ് ഈ സ്വാമിക്ക് മൊബൈൽ ഫോണിന്റെ ശബ്ദം എന്തിനാപ്പൊ എത്ര ദ്വേഷം ഉടനെ അങ്ങനെ ചിന്തിച്ച് കളയുവേ നമുക്കൊരു ദ്വേഷവും ഇല്ല പക്ഷെ മറ്റൊരാൾക്ക് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നതിനെ നമ്മൾ അതിനെ അതിൽ നിന്ന് മാറി നിൽക്കണം അവനവന് ആത്മസുഖത്തിന് ആചരിക്കുന്നത് അവരന് സുഖത്തിനായി വരയണം ഇതാണ് ആധ്യാത്മികതയുടെയും ഏതിന്റെയും അടിസ്ഥാനം അതിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ കർമ്മങ്ങളും നമ്മുടെ ചെയ്തികളും എല്ലാം അങ്ങനെ നിങ്ങൾക്കൊരുവനെ കൊല്ലാൻ സാധിക്കുന്നുവെങ്കിൽ വളരെ ഉത്തമം തന്നെ ന കാക്ഷതി നദ്വേഷി സഹ നിത്യസന്യാസി അവൻ നിത്യസന്യാസിയാണ് ജ്ഞേയ അവനെ അവൻ അറിയപ്പെട്ടവനാണ് അറിയപ്പെടേണ്ടവനാണ് നിർദ്വന്ദ്വ രണ്ടെന്ന ഭാവങ്ങൾ ഇല്ലാത്തവനാണ് അങ്ങനെയുള്ള അവൻ ബന്ധാത് സുഖം പ്രമുച്ചതെ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും മോചിതനാകുന്നു എന്ന് പറയാം ഇവിടെ ഭഗവാൻ പറയുന്ന ഈ കർമ്മത്തിൻ്റെ സഹജ സ്വഭാവമുണ്ട് വളരെ ഒരു ഒരു ചെറിയ ടെക്നിക്കാണ് അതൊക്കെ മർമ്മമാണ് എന്താണ് കർമ്മത്തിൻ്റെ സഹജ സ്വഭാവം എന്ന് ചോദിച്ചാൽ ഒരു ചെറിയ കുട്ടി നടക്കാൻ പഠിക്കുന്നത് അവന് വലിയ ആയാസമുള്ളൊരു കാര്യമാണ് അല്ലേ അത് മുട്ടിട്ട് എഴഞ്ഞ് അത് കണ്ടിട്ടുണ്ടോ അങ്ങനെ അങ്ങനെ എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞാൽ അങ്ങനെ ആടും അങ്ങനെ ആദ്യത്തെ ഇത് നമുക്ക് കാണാൻ വലിയ ഇഷ്ടമാണ് പിന്നെ ഒന്നങ്ങോട്ട് മുൻപിലേക്ക് വന്ന് ഉടനെ താഴെയാവും അവനെ സംബന്ധിച്ച് അതൊരു വലിയ സംഭവം തന്നെയാണ് പിന്നെ പിടിച്ച് പിടിച്ച് പിന്നെ മെല്ലെ പിടിച്ച് നടന്നു പിന്നെ നടക്കാൻ തുടങ്ങുമ്പോഴോ അവനത് സഹജമായി കഴിഞ്ഞു ീന്തം പഠിക്കൽ നീന്തം പഠിക്കുമ്പം ആദ്യം എത്ര ബുദ്ധിമുട്ടാണ് എത്ര നമ്മൾ നമുക്ക് എത്ര വിഷമം ഉണ്ടാവും എന്നറിയൂ വെള്ളമൊക്കെ കുട്ടിച്ച് കുളത്തിലെ വെള്ളം പകുതിയാവും കാരണം എല്ലാം കുടിച്ച് കുടിച്ച് നീന്തം പഠി പഠിക്കുന്ന സമയത്ത് നീന്തം വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ശരീരത്തെ അങ്ങേയറ്റം എന്താണ് പറയുക ശരീരത്തിന് ക്ഷീണം സംഭവിക്കുന്നു പഠിക്കുന്ന സമയത്ത് എന്നാൽ എല്ലാ ക്ഷീണവും മാറ്റാൻ നാം നീന്തത്തെ ഉപയോഗിക്കുന്നു പിന്നെ നീന്തുക എന്നത് അനായാസമായ ഒരു പ്രക്രിയയാണ് സഹജമായ ഒരു ഇതാണ് കർമ്മത്തിൻ്റെ സഹജഭാവം പരിത്യാഗം എന്നത് ഇതുപോലെ സംഭവിക്കേണ്ടതാ അല്ല ബലമായിട്ടുള്ള പരിത്യാഗല്ല കൊടുക്കണോ കൊടുക്കണ്ടേ കൊടുക്കണോ കൊടുക്കണ്ടേ നമ്മളാരെ അമ്പലത്തിലേക്ക് പത്ത് രൂപ കൊടുക്കണമെങ്കിൽ വളരെ ആലോചിക്കും പത്ത് പ്രാവശ്യം അവരെ നടത്തും ഇതാണ് ഇത് മനസ്സിലാവുമോ കുട്ടികൾ ചെറുപ്പത്തിൽ ഭക്ഷണം കഴിക്കാനുള്ള ഒരു പ്രയത്നം എന്തിനും ഉണ്ടല്ലോ പിന്നീടത് അനായാസേന സാധിക്ക സാ സാധ്യമാകുന്നു എന്ന് പറയാം ഇതാണ് നിത്യസന്യാസം നിത്യസന്യാസം എന്ന് പറയുമ്പോൾ ഇതാണ് ഇത് സഹജമായി മാറണം ഇപ്പൊ നമുക്കത് നിത്യമാണോ അല്ല അപൂർവമായിട്ടാണ് ഉണ്ടാകുന്നത് അപൂർവം വേളകളിൽ നാം സന്യാസികളാകാറുണ്ട് അപൂർവ വേളകളിൽ ഇത് നിത്യമായി വരണം അപൂർവമേളകളില് നാം സന്യാസികളാകാറുണ്ട് അപൂർവമേളകളിൽ ഇത് നിത്യമായി വരണം എന്ന് പറയാം അവിടെയാണ് ഭഗവാൻ കർമ്മത്തെ അകർമ്മമാക്കാൻ പറയുന്നത് കർമ്മത്തിന്റെ അകർമ്മം കർമ്മം വികർമ്മം അകർമ്മം പഠിച്ചുവല്ലോ അകർമ്മം എന്ന് പറഞ്ഞാൽ ബ്രഹ്മനിഷ്ഠ കർമ്മത്തിൽ അകർമ്മം പറഞ്ഞാൽ കർമ്മത്തിൽ എനിക്ക് എന്തില്ല ഞാൻ എന്ന ഭാവമില്ല നടക്കുമ്പോൾ നിങ്ങൾക്ക് ഞാൻ എന്ന ഭാവമുണ്ടോ നിങ്ങൾ ഇങ്ങനെ നടക്കുമ്പോൾ അതേ ഞാൻ നടക്കണം ഇല്ല ഞാൻ നടന്നുകൊണ്ടിരിക്കണം ഒരിക്കലും ഇല്ല അപ്പൊ ബോധപൂർവവും അബോധപൂർവവും ഉണ്ട് നമുക്ക് പലതും നോക്കിക്കഴിഞ്ഞാൽ അതായത് സ്വബോധമില്ലാത്ത ഒരുവൻ കൊലപാതകം ചെയ്താൽ പോലും കോടതി അവനെ ശിക്ഷിക്കുന്നില്ല നിയമം അങ്ങനെ അനുശാസിക്കുന്നു സ്വബോധമില്ലാത്ത ഒരുവൻ ഒരു കൊലപാതകം ചെയ്താൽ കാരണം അവൻ മാനസികമായിട്ട് തളർന്നിട്ടുള്ളവനാ ഭ്രാന്തനാണ് ഭ്രാന്തൻ കൊല ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവരെ പോലെ തൂക്കിക്കൊല്ലുമൊന്നുമില്ല അതുകൊണ്ടാണ് സ്വബോധമുള്ളവൻ സ്വബോധമില്ലാത്ത ഞാൻ സ്വബോധമില്ലാത്തവനാണ് എന്ന സർട്ടിഫിക്കറ്റ് നേടാൻ പരിശ്രമിക്കുന്നത് കൊല ചെയ്ത് കഴിഞ്ഞിട്ട് അല്ലെ അപ്പൊ സ്വബോധവും കർമ്മവും ബന്ധപ്പെട്ടിരിക്കുന്നു കോടതി പോലും കോടതിക്ക് പോലും എന്താ പറയുക കോടതി പോലും സ്വീകരിക്കുന്നതിതാണ് അല്ലെ അതുകൊണ്ട് ചെറിയ കുട്ടികളൊക്കെ പക് എന്താ പക്വമാകാത്ത പ്രായത്തിൽ കുട്ടികൾ എന്തെങ്കിലുമൊക്കെ കുറ്റം ചെയ്തു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു വയസ്സായ കുട്ടി അല്ലെങ്കിൽ മൂന്ന് വയസ്സായ ഒരു കുട്ടി ചെറിയ കുട്ടിയുടെ വായയിൽ വിഷമൊഴിച്ചു കൊടുത്തു ഈ കുട്ടിയെ ശിക്ഷിക്കൊന്നുമില്ല ഒരു കോടതിയും ശിക്ഷിക്കില്ല കാരണം സ്വബോധത്തോടുകൂടിയുള്ള കർമ്മമല്ല അതുകൊണ്ട് ആ കർമ്മഫലത്തിന് അവന് അവനിൽ എന്താ പറയുക കർമ്മഫലം അനുഭവിക്കാൻ അവൻ യോഗ്യനല്ല അല്ലെങ്കിൽ നാം ശിക്ഷിക്കുന്ന നമ്മുടേതായിട്ടുള്ള ശിക്ഷാവിധികളൊന്നും അവിടെ കുട്ടിയെ സംബന്ധിച്ച് കുട്ടിക്ക് കൊടുക്കാൻ കൊടുക്കേണ്ടുന്നതല്ല എന്ന് പറയുക അപ്പൊ ഇവിടെ ആ കർമ്മത്തിൽ ഉടമസ്ഥതാ ബോധം മാറിയിട്ടുള്ള ഒരു അവസ്ഥയാണ് നിത്യസന്യാസം എന്ന് പറയുന്നത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ് ഇതിലത്ര സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അയ്യോ നമുക്കിത് സാധ്യമാണോ നമുക്കേ ഇത് സാധ്യമാകൂ അതുകൊണ്ട് ഈ സന്യാസിയാവാൻ യോഗ്യനായിട്ടുള്ളവൻ ആര് നിങ്ങൾ ഇതിൽ ആലോചിക്കണം കാരണം നമ്മളൊക്കെ തന്നെ ഏതെങ്കിലും ഗുഹയിലിരിക്കുന്ന ഒരാൾക്ക് പ്രാപിക്കേണ്ടുന്നതല്ല അത് ഗുഹയിലിരിക്കുന്നവൻ എന്ത് ചെയ്യാനാണുള്ളത് ഗുഹയ്ക്കകത്തിരിക്കുന്ന കൊതുകിന്റെ എണ്ണ എടുക്കാനോ അതിലിപ്പോ സന്യാസം എന്ന് പറഞ്ഞൊന്നിന്റെ ആവശ്യമില്ലല്ലോ നമ്മളല്ലേ ഏറ്റവും സങ്കീർണമായ കർമ്മങ്ങളിലൂടെ നടന്നു നീങ്ങുന്നത് അതായത് ഗൃഹസ്ഥന്മാർ നമുക്ക് എന്തൊക്കെ കർമ്മങ്ങളാ ഉള്ളത് രാവിലെ മുതൽ രാത്രി വരെ ഏതൊക്കെ കർമ്മപാതയിലൂടെ കർമ്മ രംഗങ്ങളിലൂടെ ആ ഭൂമികയിലൂടെ നമ്മുടെ സഞ്ചാരം എവിടുന്നൊക്കെയാ നമ്മൾ നോക്കൂ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ അടുക്കളയാകുന്ന ലോകം ആ ലോകത്തൊന്ന് ബസ്സിൽ കയറുന്നു ബസ്സിൽ ഒരു വല്ലാത്തൊരു അന്തരീക്ഷം ചുറ്റുപാട് അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പ് ഒക്കെ ഒരു പ്രത്യേക ലോകമാണ് ആ ബസ് സ്റ്റോപ്പിൽ എങ്ങനെ നിലകൊള്ളണം ആ ബസ് സ്റ്റോപ്പിൽ നിന്ന് ബസ് അല്ലെങ്കിൽ ട്രെയിൻ അതിൽ നിന്ന് ഇറങ്ങി ഓഫീസ് വരെയുള്ള യാത്ര എങ്ങനെയാണോ അത് ഓഫീസിൽ അത് കഴിഞ്ഞാൽ ഓഫീസിൽ തന്നെ താനിരിക്കുന്ന സീറ്റിൽ നിന്ന് ഉച്ചയ്ക്ക് പോയി കഴിഞ്ഞാൽ ലഞ്ച് കഴിക്കുന്ന ആ ഒരു ലോകം തൊട്ടപ്പുറത്ത് നടക്കുന്ന ചീട്ടുകൾ ഈ ഗോസിപ്പുകൾ അതൊക്കെ വേറെ ഇല്ലേ പിന്നെ തൻ്റെ വീണ്ടുള്ള വരവ് പിന്നെ വല്ല സാമൂഹ്യ സാമൂഹ്യ പ്രവർത്തനം വല്ല സംഘടനയിൽ ഭാരവാഹിത്വം ഉണ്ടെങ്കിൽ അത് ഇങ്ങനെ എത്ര എത്ര കർമ്മങ്ങളാണ് ഇവിടെ ഇങ്ങനെ ഒരുപാട് കർമ്മങ്ങളിലൂടെ നടന്നു നീങ്ങുന്നവന് വേണ്ടുന്നതാണ് സന്യാസം ഇതൊന്നുമില്ലാതെ ഒരു ആശ്രമത്തിൽ ഒരു ഗുഹയിലിരിക്കുന്ന ഒരാൾക്ക് വേണ്ട സന്യാസം എന്തിനാ അയാൾക്ക് സന്യാസം നിങ്ങൾ ആലോചിക്കൂ അവര് ഗുഹാമുഖങ്ങളിൽ ആ ബ്രഹ്മവിചാരത്തോടുകൂടി ഇരിക്കുന്നത് അവർക്ക് ഒന്നുമില്ല പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നുമില്ല അവരങ്ങനെ ഇരുന്നാൽ മതി എല്ലാം ചെയ്യുന്നുണ്ട് അതിനെക്കുറിച്ച് ഭഗവാൻ പറഞ്ഞുവല്ലോ നേരത്തെ പക്ഷേ നാം നമ്മളങ്ങനെ വിചാരിക്കുന്നു സന്യാസം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് അതുകൊണ്ട് ഈ അധ്യായം സന്യാസത്തെ സംബന്ധിക്കുന്നതാണ് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ലക്ഷ്യം തന്നെ സന്യാസമാണ് നമ്മുടെ പൂർത്തീകരണം സന്യാസത്തിലാണ് ഒരുവൻ പൂർണ്ണനാകുന്നത് ഈ സന്യാസത്തെ പ്രാപിക്കുമ്പോഴാണ് അത് ഏതൊരാൾക്കും വേണ്ടതാണ് അവിടെ ജാതി മതമൊന്നുമില്ല നമ്മുടെ അവകാശമാണ് നാം സന്യാസിയാകുക സന്യാസിനിയാകുക എന്നത് നമ്മുടെ അവകാശമാണ് അവിടെ വസ്ത്രത്തിനൊന്നും ഒരു സ്ഥാനവും ഇല്ല ഉള്ള വസ്ത്രം ധാരാളം അവിടെ നിങ്ങൾക്ക് ചുരിദാർ വേണമെന്നോ സാരി വേണമെന്നോ കോട്ടൺ വേണമെന്നോ സിൽക്ക് വേണമെന്നോ ഒന്നും ഒരു നിബന്ധന ഒരു ഒരു തരത്തിലുള്ള നിയമാവലികളും ഭഗവാൻ ഈ അധ്യായത്തിൽ പറയാൻ പോകുന്നില്ല അതുകൊണ്ട് ആദ്യം തന്നെ ഇതിന് ഞാൻ അധികാരിയാണ് ഈ അധ്യായത്തില് ഭഗവാൻ ചർച്ച ചെയ്യുന്നത് ഈ സന്യാസത്തെക്കുറിച്ചാണ് അതുകൊണ്ട് എന്റെ ലക്ഷ്യം സന്യാസമാണ് ഇതായിരിക്കട്ടെ നിങ്ങളുടെ മുൻപിലുള്ള ലക്ഷ്യം ഓർക്കുക ഈ സന്യാസത്തിൽ നിങ്ങൾ ഒന്നിനെയും ഉപേക്ഷിക്കുന്നില്ല എന്നാൽ എല്ലാറ്റിനെയും ഉപേക്ഷിക്കുന്നുമുണ്ട് അസ്ഥിരമായതിനെ വിട്ട് സ്ഥിരമായതിനെ പ്രാപിച്ചവനാണ് സന്യാസി എന്ന് ഇന്നലെ നാം കണ്ടു സ്ഥിരമായതേതോ അതാണ് ഞാൻ അസ്ഥിരമായതെല്ലാം എന്നിലൂടെ കടന്നു സ്ഥിരമായ ആകാശത്തിൽ അസ്ഥിരമായ മേഘങ്ങൾ പടരുന്നത് പോലെ ലക്ഷ്യം ആകാശം നിത്യത അപ്പൊ എന്നിലൂടെ കടന്നു ഇതെല്ലാം എന്നോർത്തോളൂ ഭഗവാൻ പറയുന്നു രണ്ടിനെയും അർജുന രണ്ടാക്കി പറയുന്നത് ബാലന്മാരാണ് അറിവില്ലാത്തവരാ അത് നീ തിരിച്ചു മനസ്സിലാക്കിയതാണെന്ന് പറയാം പലപ്പോഴും പറയുന്ന അവസരത്തിൽ പല വിധത്തിൽ പറഞ്ഞത് അത് നേരെ തലകീഴായിട്ട് മനസ്സിലാക്കുകയും അതിൻ്റെ കുഴപ്പമാണ് അത് ആളുകൾക്ക് പറയാനറിയില്ല ചിലപ്പോൾ അപ്പൊ അതെ ആരാ പറയുന്നത് കുട്ടികളാണ് അങ്ങനെ പറയുന്നത് കുട്ടികൾ തിരിച്ചിട്ടൊക്കെയാ പറയാം അച്ഛൻ എവിടെയെന്ന് ചോദിച്ചാൽ അച്ഛൻ കാക്ക പോയി എന്ന് പറയും അച്ഛനും കാക്കയും തമ്മിൽ ഒരു കുട്ടികൾ പറഞ്ഞു പഠിക്കുകയാണ് പക്ഷേ കേൾക്കുന്നവനറിയാം അച്ഛൻ ഓഫീസിലാണ് പോയത് കുട്ടി കുട്ടിയാണ് അത് പറയാനേ ആയിട്ടുള്ളൂ തിരിഞ്ഞ് തിരിഞ്ഞ് തിരിഞ്ഞു പോട്ടിട്ടുണ്ടോന്ന് അറിയില്ല ഒരു തമാശ ഒരിക്കലും ഒരു വലിയ കമ്പനി ഒരു എന്താ സോപ്പ് പൊടിയുടെ കമ്പനി ഡിറ്റർജന്റ് കമ്പനി അവരുടെ പരസ്യം ചെയ്തുതന്ന വലിയ പരസ്യമാണ് ഗംഭീര പരസ്യം വലിയ ഒരു എന്താ ഒരു മിസ് യൂണിവേഴ്സിനെയാണ് അവരതിനെ തെരഞ്ഞെടുത്തത് വിശ്വസുന്ദരിയെ മോഡലായിട്ട് വിളിച്ചു കോടികൾ ചെലവാക്കിയിട്ട ദുബായിലാണ് അവരതിനെ എന്താ പറയുക ആദ്യത്തെ എന്താ ഫസ്റ്റ് ലോഞ്ചിങ് എന്നൊക്കെ പറയുമല്ലോ അവരുടെ ഭാഷയിൽ ആ സംഗതി ഇതാണ് ഒരു എന്താ ഒരു സോപ്പുവടിയാണ് സോപ്പുവടിയുടെ പേര് സ്വാമിക്ക് അറിയില്ല എന്തോ ആവട്ടെ അവരാ എന്താ ഈ സോപ്പുപടി ഒരു മൂന്നാല് അങ്ങനെ അവരുടെ ഫോട്ടോ ആണ് അങ്ങനെ സ്റ്റില്ലായിട്ടുള്ള ഫോട്ടോസ് അതിൻ്റെ വലിയ ഹോൾഡിംഗ്സൊക്കെ സിറ്റിയിൽ വെച്ചുകൊണ്ടുള്ള ഒരു പരസ്യമാണ് ഒരു മൂന്നാല് പടങ്ങളുണ്ട് അതിൽ ഒന്ന് ആദ്യം തന്നെ അവരുടെ എന്താ അവരിങ്ങനെ ഒരു ഈ അഴുക്ക് പിടിച്ച വസ്ത്രങ്ങളിങ്ങനെ എടുത്ത് പിന്നെ അതിനെ ഈ എന്താ പാത്രത്തിലേക്ക് ഇടുന്നതും പിന്നെ ഈ സോപ്പ് പൊടി കലക്കുന്നതും പിന്നെ തൂവെള്ള വസ്ത്രം ഇങ്ങനെ പിടിക്കുന്നതുമായിട്ടുള്ള ഒരു മൂന്ന് മൂന്നാല് സ്നാപ്പാണ് അപ്പോൾ ഇത് ദുബായിൽ നോക്കിയ സമയത്ത് അവസാനം ഒരാളും മേടിക്കുന്നില്ല ഈ സോപ്പ് പൊടി ഒരു കുട്ടി പോലും മേടിക്കുന്നില്ല പിന്നെ അവരന്വേഷിച്ചു അവർക്ക് ഈ അന്വേഷണ കമ്മീഷനൊക്കെ ഉണ്ട് അവരന്വേഷിച്ച സമയത്ത് പറഞ്ഞു അതിൽ ചെറിയ പെശക് പറ്റിയിട്ടുണ്ട് കാരണം ഈ അറബികൾ ഈ വലത്തുനിന്ന് ഇടത്തോട്ട് വായിക്കുന്നവരാണ് അവർ നോക്കിയ സമയത്ത് നല്ല തൂവ് വസ്ത്രം ഈ അഴുക്ക് ഇവരുടെ സോപ്പ് പൊടിയിട്ട് പിടിച്ചു സമയത്ത് അഴുക്കായിട്ടിരിക്കുന്നു അവർ വായിക്കുന്നത് ഇങ്ങോട്ടേക്കാന്ന് പറയുക വലത്തുനിന്ന് ഇടത്തോട്ടാണ് ഇങ്ങനെ അർജുനനും സംഭവിച്ചു എന്താ പറയുക തിരിച്ചു വായിച്ചു എന്ന് പറയാം തിരിച്ചു വായിച്ചതാണ് അർജുനൻ ഇപ്പം ഭഗവാന്റെ മുൻപിൽ അവതരിപ്പിക്കുന്നത് അപ്പം ഭഗവാൻ പറയുന്നു ഇങ്ങനെ നീ മനസ്സിലാക്കിയെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ പറയപ്പെട്ടുവെങ്കിൽ അത് ബാലിശമാണ് അതിൽ വേണ്ടത്ര ഗൗരവമില്ല എന്താ പറയുക അത് ഗൗരവ ഗൗരവത്തോട് കൂടിയിട്ടുള്ളതല്ല ബാലിശമാണ് അതുകൊണ്ടാണ് ഇവിടെ ബാലാഹ പ്രവതന്തി എന്ന് പറഞ്ഞത് അത് കുട്ടികൾ പറയുന്നതാണ് പണ്ഡിതാഹ എന്ന പ്രവതത്തി അങ്ങനെ പറയില്ല ഏകമപി സമ്യക് ആസ്ഥിത ആ ഒന്നിനെയാണെങ്കിലും നല്ലവണ്ണം അനുഷ്ഠിച്ചാൽ ഉപയോ ഫലം വിന്തതേ രണ്ടിന്റെയും ഫലം വന്നുചേരുന്നു എന്ന് പറയുമ്പം രണ്ടല്ല ഒന്നു തന്നെയാണ് തുടർന്ന് ഭഗവാൻ വിസ്തരിക്കുന്നു നോക്കാം നോക്ക് ഖ്യേ പ്രാപ്യ സ്ഥൈ അപ്പൊ ഗമ്യത്തെ പശ്യതി സ പശ്യത്തി ആരാണോ കാണുന്നത് അവൻ കാണുന്നു യ പശ്യത്തി സ പശ്യത്തി സാങ്കേഹി സാങ്കേഹി യത് സ്ഥാനം പ്രാപ്യത സാങ്ക്യന്മാർ സാഖ്യന്മാരാൽ അല്ലെങ്കിൽ സാങ്ക്യമാർഗത്താൽ സാഖ്യം സാങ്ക്യമാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്ഞാനമാർഗം എണ്ണി എണ്ണി പറയുന്നത് സാങ്ക്യയോഗം നമ്മൾ കണ്ടുവല്ലോ എന്താണ് സാങ്ക്യയോഗത്തിന്റെ രീതി അവിടെ എന്തൊക്കെയുണ്ട് പ്രതിജ്ഞയുണ്ട് ആ ഉദാഹരണമുണ്ട് നിഗമനമുണ്ട് അല്ലേ അങ്ങനെ എന്താ പ്രതിജ്ഞ ഹേതു നിഗമനം ഉദാഹരണം ഇത്യാദി കാര്യങ്ങളുണ്ട് അങ്ങനെ ഇന്നത് ഇന്നത് ഇന്നത് ആത്മാവ് നിത്യമാണ് ആത്മാവ് മരണമില്ലാത്തതാണ് അതിനെ അഗ്നിക്ക് ദഹിപ്പിക്കാനോ മറ്റു കാര്യങ്ങൾക്കൊന്നും സാധ്യമല്ല ഇനി നീ അത് നിത്യമാണ് എന്ന് പറയുകയാണെങ്കിൽ തന്നെ അത് ജനിമൃതികളോട് കൂടിയിട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ അതിന് അതിൽ ദുഃഖത്തിന് അവകാശമില്ല ഇത്യാദി കാര്യങ്ങളെ കൊണ്ട് ഭഗവാൻ അതിൻ്റെ നിത്യത്വത്തെ നിത്യതയെ അർജുനന് വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് ആ മാർഗത്തെയാണ് സാങ്ക്യമാർഗം സാഖ്യയോഗം അല്ലെങ്കിൽ ജ്ഞാനയോഗം എന്ന് പറഞ്ഞത് അപ്പം ഏത് സ്ഥാനം പ്രാപ്യതേ സാങ്കേഹി സാഖ്യയോഗത്താൽ സാഖ്യന്മാരാൽ യാതൊരു സ്ഥാനത്തെയാണോ പ്രാപിക്കുന്നത് പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ ഏതൊരു തലത്തെയാണ് ഏതൊരു തലത്തിലേക്കാണ് ഈ എന്താ പറയുക ഒരുവൻ പരിണമി പരിണമിക്കപ്പെടുന്നത് ഇതാണ് യോഗൈ അഭിഗമ്യത തത് തത് യോഗൈ അഭിഗമ്യത തത് ആ സ്ഥാനം തന്നെ യോഗൈ യോഗമാർഗം ആശ്രയിക്കുന്നവരാലും എന്ത് ചെയ്യുന്നു പ്രാപിക്കപ്പെടുന്നു സാഖ്യം ച യോഗം ച സാഖ്യത്തെയും യോഗത്തെയും എന്തുവേണം സാങ്ക്യത്തെയും യോഗത്തെയും ഏകം ഏകം എന്ന് പറഞ്ഞാൽ ഒന്നായിട്ട് യഹ പശ്യതി യാതൊരുവൻ കാണുന്നുവോ സാങ്ക്യവും യോഗവും ആരാണോ ഒന്നായി കാണുന്നത് സ പശ്യതി അവൻ കാണുന്നു എന്ത് കാണുന്നു സത്യം കാണുന്നു അല്ലാത്തവനോ നശ്യതി അവനൊന്നും കാണുന്നില്ല അപ്പൊ കാണുന്നവൻ ആരാണ് ഇത് രണ്ടും രണ്ടായി കാണുന്നവൻ കാണുന്നില്ല ഇതിനെ ഒന്നായി കാണുന്നവനാണ് കാണുന്നവൻ सन्यासते भगवा विस्तार सन्यास महामुक्त मुनिछति सन्यास महाबाहो दुखम आप अयोगद योगयुक्त मुनि मुनि ബ്രഹ്മ നചിരേണ അതികച്ചതി ന ചിരേണ അതികച്ചതി ഹേ മഹാബാഹോ അല്ലയോ അർജുന സന്യാസത്തും സന്യാസമാകട്ടെ അയോഗത അയോഗത എന്ന് പറഞ്ഞാൽ യോഗത്തിൽ നിന്നല്ലാതെ ആപ്തും പ്രാപിക്കാൻ ദുഃഖം അത് പ്രയാസമാണ് അപ്പൊ സന്യാസത്തെ പ്രാപിക്കേണ്ടത് യോഗത്തിലൂടെയാണ് അറിവിലൂടെ തന്നെയാണ് സന്യാസത്തെ പ്രാപിക്കുക എന്നത് ഭഗവാൻ പറയുന്നത് ബാഹ്യമായ സന്യാസമല്ല ആശ്രമത്തിൽ നിന്ന് ഗുരുവിന്റെ ഗുരുവിൽ നിന്ന് നേടിയെടുക്കുന്ന സന്യാസത്തെക്കുറിച്ച് അല്ല ഗീത പറയുന്നത് അങ്ങനെയാണെങ്കിൽ ദശനാമി സമ്പ്രദായങ്ങളൊക്കെ ഉണ്ട് അത് വേറെ അത് നിങ്ങളൊരാശ്രമത്തിൽ പോയി അത് വേണമെങ്കിൽ താല്പര്യം ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞുതരാം സ്വാമി നേരിട്ടുള്ള സന്യാസമുണ്ട് പല സന്യാസങ്ങളുണ്ട് ആപത്കാല സന്യാസമുണ്ട് മരിക്കാൻ നേരത്തെ ഒരു സന്യാസം സന്യാസിയായി മരിച്ചു കഴിഞ്ഞ മോക്ഷം കിട്ടും എന്നൊരു വിശ്വാസമൊക്കെ ഉണ്ട് മരിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് സന്യാസം കൊടുത്തേക്കും പല പല സന്യാസങ്ങള് സ്വയം സ്വീകരിക്കാവുന്ന സന്യാസം അപ്പൊ ഗുരുവിന്റെ ആശ്ര ഏതെങ്കിലും ഒരു ആശ്രമത്തിൽ പോണം ആശ്രമങ്ങൾ തന്നെ പലതുണ്ട് അടുത്ത കാലത്ത് നമ്മളൊരു ആശ്രമത്തിൽ നിന്നുള്ള ഒരു നോട്ടീസ് ഒരു ആശ്രമത്തെയും സ്വാമി വിമർശിക്കുകയല്ല പക്ഷെ സന്യാസത്തെക്കുറിച്ച് പറയുമ്പം അതിനെക്കുറിച്ച് പറയാം കാരണം ഇവിടെ അങ്ങനെ പറഞ്ഞിരിക്കണോ എന്നുള്ളതുകൊണ്ട് ഒരാശ്രമത്തിൽ നിന്ന് ഇറക്കി ഒരു മിക്ക വർഷങ്ങളും കാണാറുണ്ട് നമുക്ക് കണ്ടപ്പോൾ അത്ഭുതം തോന്നി അതിൻ്റെ അടിയിൽ ഇങ്ങനെ പ്രത്യേകം എൻ ബി എന്ന് പറഞ്ഞിട്ട് എഴുതിയിരിക്കുക സന്യാസത്തിന് താല്പര്യമുള്ളവർ കാഷായ വസ്ത്രവുമായി ഇത്രാം തീയതി ഇത്ര മണിക്ക് നേരത്തെ അവിടെ എത്തേണ്ടതാണ് എന്ന് അപ്പൊ പോയി കഴിഞ്ഞാൽ ആർക്കും കൊടുക്കും സന്യാസം അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് പിന്നെ ചില സ്ഥലങ്ങളിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു അഞ്ചു വർഷമോ രണ്ട് വർഷമൊക്കെ തൊഴുത്ത് കഴുകുക ആശ്രമത്തിൽ മുറ്റമൊക്കെ അടിച്ചു വാരി അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളൊരു ഒരു എന്തും പറഞ്ഞാൽ അനുസരിക്കുന്ന ഒരു അടിമയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു എന്താ പറയുക ആ എന്തെങ്കിലുമൊക്കെ ആവട്ടെ അങ്ങനെയൊക്കെയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ തരുന്ന ഒന്ന് അങ്ങനെ നേടിയെടുക്കേണ്ടതാണോ അങ്ങനെ നേടിയെടുക്കുന്ന സന്യാസത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത് ഇത് ഏതൊരാൾക്കും വളരെ എളുപ്പത്തിൽ സാധിക്കാവുന്ന നാം നേടേണ്ടുന്ന സന്യാസത്തെക്കുറിച്ചാണ് ഒരുപാട് കർമ്മങ്ങളും കാര്യങ്ങളും നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മത്തിൻ്റെ മൂർത്തിമത് മൂർത്തിമത് ഭാവമായി നിലകൊള്ളുന്ന ഓരോ ഗൃഹസ്ഥനും നേടേണ്ടുന്ന സന്യാസത്തെക്കുറിച്ചാണ് മറ്റേ സന്യാസമൊക്കെ വിട്ടേക്കും മറ്റേ സന്യാസത്തിന് അതിൻ്റെതായിട്ടുള്ള ഇപ്പോൾ ഞങ്ങളുടെ സമ്പ്രദായത്തിൽ പോയി പഠിക്കണം മൂന്ന് വർഷം പഠിച്ചു അത് കഴിഞ്ഞു ഒരു പത്ത് പന്ത്രണ്ട് പന്ത്രണ്ട് പതിമൂ പതിനാല് പതിനഞ്ച് വർഷങ്ങളൊക്കെ ബ്രഹ്മചാരിയായി സമൂഹത്തിൽ പ്രവർത്തിച്ച് അല്ലെങ്കിൽ ഈ ശാസ്ത്ര പ്രചരണം അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തിയതിന് ശേഷം അതിൻ്റെ പ്രധാനപ്പെട്ട അതിൻ്റെ പ്രധാനിയായിട്ടുള്ള സ്വാമിക്ക് തോന്നും ഇയാൾക്ക് സന്യാസം കൊടുക്കാം ആ സമയത്ത് സന്യാസം കൊടുക്കും അല്ലാണ്ട് സ്വാമി എനിക്ക് നാളെ സന്യാസം തരണം എന്ന് പറഞ്ഞാൽ സന്യാസം തരില്ല അതല്ലാതെ നേരിട്ട് നിങ്ങളെക്കുറിച്ച് ഒരു പരിചയം ഒന്നുമില്ല അങ്ങനെ സന്യാസം കൊടുക്കുന്ന സ്ഥലമുണ്ട് ഇനി ഇതൊന്നുമില്ല ആരും സന്യാസം തരില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാലോ അങ്ങനെ സ്വയം സന്യാസിയാവുന്നവരുണ്ട് ഇടയ്ക്ക് സ്കൂളിൽ പ്രചരണ വേഷമൊക്കെ ആയിട്ടുണ്ടല്ലോ ഇടയ്ക്ക് സന്യാസിയായിട്ട് വിവേകാനന്ദ സ്വാമികളായിട്ട് ഒരുപാട് പേര് വേഷം കിട്ടാറുണ്ട് ഇനി അതല്ല ഹിമാലയത്തിലെ ഈ ഗംഗ ഹരിദ്വാറിലൊക്കെ ഒരുപാട് ആശ്രമങ്ങളുണ്ട് അവിടുത്തെയൊക്കെ ആശ്രമത്തിൻ്റെ മാനേജർമാരും അല്ലെങ്കിൽ അവിടെ തട്ടുകട നടത്തുന്നവരും ഒക്കെ സന്യാസിമാരാ അവരൊക്കെ ഈ കാഷാവമൊക്കെ ധരിച്ചിട്ടുള്ളവരാ അപ്പം സന്യാസം എന്ന് പറയുമ്പം ഭഗവാൻ സന്യാസത്തിന് വിപ്ലവാത്മകമായി അവതരിപ്പിക്കുകയാണ് ഭഗവത്ഗീതയിൽ ഒരു ഒരു പുതിയ വ്യാഖ്യാനം രചിക്കുന്നു സന്യാസത്തിന് എന്ന് പറയാം അതുകൊണ്ട് നിങ്ങൾക്ക് സന്യാസം എന്ന് കേൾക്കുമ്പം ആ ഒരു കാവ്യയും രുദ്രാക്ഷവും ഒക്കെ മാറിക്കിട്ടണം അതൊന്നും മോശമെന്നല്ല സ്വാമി പറഞ്ഞു പക്ഷേ രുദ്രാക്ഷത്തിലേക്കും കാവ്യയിലേക്കും നിങ്ങളുടെ മനസ്സ് നയിക്കപ്പെടുമ്പോൾ എവിടെയൊക്കെയോ ചില എന്താ പറയുക ഈ വിഭജനങ്ങളും അതുപോലെ പരിമിതികളും നിങ്ങളുടെ മനസ്സിൽ നിലകൊള്ളും എല്ലാ പരിമിതികളെയും ഉല്ലംഘിച്ച് ഈ സന്യാസം എന്റെ സുഹൃത്താണെന്നും ഈ സന്യാസമാണ് എന്റെ ലക്ഷ്യമെന്നും നമ്മുടെ മനസ്സിൽ ആ ചിന്ത പ്രകടമാകണമെങ്കിൽ ആ സന്യാസത്തെ വാരി പുരണം വാരി പുണരണമെന്ന ആഗ്രഹം നിങ്ങൾക്ക് ജനിക്കണമെങ്കിൽ നിങ്ങൾ കാവ്യയിൽ നിന്നും രുദ്രാക്ഷത്തിൽ നിന്നും കുറച്ചു ദൂരെ നിൽക്കേണ്ടത് ആവശ്യമാണ് കാരണം നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന നിങ്ങളുടെ ഭർത്താവ് ഒരു കാവ്യ മുണ്ടും എന്താ പറയുക കാവ്യ ജുബയോ കൊടുത്ത് അദ്ദേഹം ഇങ്ങനെ കാണാൻ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ മനസ്സ് ആഗ്രഹിക്കില്ല അത് ആഗ്രഹിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യ അങ്ങനെ കാവ്യ ഇതൊക്കെയായിട്ട് ഭക്ത വരൂ മകനെ എന്ന് പറയുമ്പം അല്ലെ കുട്ടികളെ നന്നായി പഠിക്കണം മക്കളെ കാരണം തന്റെ സന്തതിയാണെന്നുള്ള യാതൊരു ദൂല്യം അമ്മ ആശീർവദിച്ചിരിക്കുന്നു അപ്പൊ അത് അതൊക്കെ നീങ്ങാണോ സ്വാമി വളരെ എന്താ ശാസ്ത്രമാണ് സ്വാമിക്ക് പ്രമാണം ഈ പ്രമാണത്തെ ഉദ്ധരിച്ചുകൊണ്ട് പറയുക അല്ല നിങ്ങളിപ്പോ വിചാരിക്കില്ല അല്ല ഇപ്പൊ സ്വാമി ഇപ്പൊ എന്താ പറഞ്ഞു വരുന്നത് സ്വാമി സ്വാമിയുടെ ഗ്രൂപ്പിൽ തന്നെ നമുക്കങ്ങനെ ഒരു യൂണിയനോ ഒന്നുമില്ല നമ്മുടെ യൂണിയൻ നമ്മുടെ യൂണിയൻ നേതാവ മുകളിലിരിക്കുന്ന സദാശിവൻ ഉപ്പനാണ് ഞങ്ങളുടെ കേന്ദ്രം സദാശിവ സമാരംഭ അപ്പൊ സന്യാസം എന്ന് പറയുമ്പം ഭഗവാൻ സന്യാസത്തിനെ വിപ്ലവാത്മകമായി അവതരിപ്പിക്കുകയാണ് ഭഗവത്ഗീതയിൽ ഒരു ഒരു പുതിയ വ്യാഖ്യാനം രചിക്കുന്നു സന്യാസത്തിന് എന്ന് പറയാം അതുകൊണ്ട് നിങ്ങൾക്ക് സന്യാസം എന്ന് കേൾക്കുമ്പം ആ ഒരു കാവ്യും രുദ്രാക്ഷവും ഒക്കെ മാറിക്കിട്ടണം അതൊന്നും മോശമെന്നല്ല സ്വാമി പറഞ്ഞു പക്ഷേ രുദ്രാക്ഷത്തിലേക്കും കാവ്യയിലേക്കും നിങ്ങളുടെ മനസ്സ് നയിക്കപ്പെടുമ്പോൾ എവിടെയൊക്കെയോ ചില എന്താ പറയുക ഈ വിഭജനങ്ങളും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 സ്വാമി വളരെ എന്താ ശാസ്ത്രമാണ് സ്വാമിക്ക് പ്രമാണം ഈ പ്രമാണത്തെ ഉദ്ധരിച്ചുകൊണ്ട് പറയാം പിന്നെ ഞങ്ങളെ പോലെയുള്ളവരെ നിങ്ങൾക്ക് എങ്ങനെ കാണാം അത് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു തലത്തിൽ കണ്ടുകൊള്ളൂ മിഷണറി എന്നുള്ള നിലയ്ക്ക് ഈ ശാസ്ത്രങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്നു നിലയ്ക്ക് അല്ലാതെ അത് മാത്രം ഞങ്ങൾ മാത്രം കൈകാര്യം ചെയ്യേണ്ടുന്ന ഞങ്ങൾ മാത്രം മനസ്സിലാക്കേണ്ടുന്നതല്ല ഒരു സത്യം പറഞ്ഞാൽ നമ്മൾ പറയാറുണ്ട് ഇത് സ്വാമി നിങ്ങളോട് പറയേണ്ടി വരുന്നത് ീ മൈക്ക് വെച്ച് നിങ്ങളെ കൂട്ടിയിരുത്തി പറയേണ്ടി വരുന്നത് നമ്മുടെ ഒരു പരാജയത്തിന്റെ കൂടെ ലക്ഷണമാണ് കാരണം ഈ ധർമ്മം പ്രചരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് വീടുകളിലാണ് ഇങ്ങനെ വലിയ ജ്ഞാനയജ്ഞങ്ങളിലൂടെയല്ല അച്ഛൻ മകന് പറഞ്ഞു കൊടുത്തിട്ട് ഭർത്താവ് ഭാര്യയ്ക്ക് പറഞ്ഞു കൊടുത്തിട്ട് ഭാര്യ ഭർത്താവിന് പറഞ്ഞു കൊടുത്തിട്ട് അമ്മ മകന് പറഞ്ഞു കൊടുത്തിട്ട് മകൻ അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തിട്ട് ഇങ്ങനെ സുഹൃത്ത് മറ്റൊരു സുഹൃത്തിന് പറഞ്ഞു കൊടുത്തിട്ട് ഇങ്ങനെ ഗൃഹങ്ങളിലും അടുക്കളയിലും മറ്റ് പല ഇടങ്ങളിലും ചർച്ച ചെയ്യപ്പെട്ട് കൈമാറ്റം ചെയ്യപ്പെട്ട വിദ്യയാണ് ഇത് പക്ഷേ എന്തുകൊണ്ടോ നമ്മുടെ ഭവനങ്ങളിൽ അച്ഛൻ ഇത് കൈമാറ്റം ചെയ്യാൻ അച്ഛൻ ഇതറിയില്ല ഉദാലകൻ ശ്വേതകേതുവിന് പറഞ്ഞു കൊടുക്കുമ്പം ഉദാലകൻ ശ്വേതകേതുവിനോട് പറയുന്നുണ്ട് ഓനെ കുട്ടി നീ ഈ എന്തുകൊണ്ടാ നീ ബ്രഹ്മവിദ്യ അഭ്യസിക്കണം എന്ന് ഞാൻ പറയുന്നത് അസ്മാത് കുലീന അനനൂച്ച ബ്രഹ്മബന്ധു ഇവ ഭവതി നമ്മുടെ കുലത്തിൽ ബ്രഹ്മവിദ്യ അഭ്യസിക്കാതെ ബ്രഹ്മവിദ്യ അഭ്യസിച്ചവനെ പോലെ ഒരാളും നിലനിൽക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് നീ എന്തു വേണം ബ്രഹ്മചര്യം വസ നീ ബ്രഹ്മചര്യത്തെ വസിക്കൂ ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ പഠിക്കണം എന്നാണ് ഈ ശാസ്ത്രം അധ്യയനം ചെയ്യണം അവ എല്ലാവരും ഇതറിഞ്ഞവരായിരുന്നു അങ്ങനെ അച്ഛനാണ് മകന് പറഞ്ഞു കൊടുക്കുന്നത് അവൻ ഉദ്ദാലകൻ ഉദ്ദാലകനിൽ നിന്ന് ശ്വേതകേതു ഈ സത്യത്തെ അറിയുന്നു ഒരാശ്രമത്തിൽ പോയിട്ടുമല്ല അത് അറിഞ്ഞത് യാജ്ഞവൽക്കനിയിൽ നിന്ന് മൈത്രേയെ അറിയുമ്പം സ്വഭർത്താവിൽ നിന്നാണ് ഇത് അറിയുന്നത് ഭർത്താവാണ് ഭാര്യയ്ക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു കൊടുക്കുന്നത് നിന്ന് അല്ലെങ്കിൽ എന്താ കപിലനിൽ നിന്ന് ദേവഹൂതി ഇതറിയുന്നു അതുപോലെ കപ ദേവ കർദമനിൽ നിന്ന് ദേവഹൂതി അറിയുന്നുണ്ട് ഭാര്യ ഭർത്താവിനെ സഹായിക്കുന്നു ഭർത്താവ് ഭാര്യയെ സഹായിക്കുന്നു അമ്മ മകനെ സഹായിക്കുന്നു മകൻ അമ്മയെ സഹായിക്കുന്നു ഇങ്ങനെ നടക്കുന്നു കാര്യം ഇതായിരുന്നു ഭാരതത്തിൽ നിലനിന്നിരുന്നത് ഇതായിരുന്നു സമ്പ്രദായം പിന്നെ ആശ്രമങ്ങളില് ഗഹനങ്ങളായിട്ടുള്ള ചർച്ചകളൊക്കെ നടക്കാറുണ്ട് വല്ലപ്പോഴും അവര് ബാറ്ററി ചാർജ് ചെയ്യാൻ ഒരു വർക്ക്ഷോപ്പിലൊക്കെ കൊണ്ടുപോകുന്നത് പോലെ അവരവിടെ പോകുന്നു അതിന് വീണ്ടും എന്താ അതിൽ നിന്ന് പ്രചോദനം ആ ശാസ്ത്ര ചർച്ചകളിൽ നിന്നൊക്കെ പ്രചോദനം ഉൾക്കൊണ്ട് തിരിച്ചു വരുന്നു അപ്പം ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പം നാം ഇതിന് അതിർവരമ്പുകൾ സൃഷ്ടിക്കാതിരിക്കുക കാരണം തുടർച്ചയായിട്ട് ഭാര്യ ഗീതാജ്ഞാന യജ്ഞം കേൾക്കുന്നത് ഭർത്താവിൽ ഇപ്പം ചില്ലറ ആശങ്കകളൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും അതെങ്ങനെ ആലോചിക്കുന്നുണ്ട് ഈ പൂക്ക് എങ്ങോട്ടാണ് അപ്പൊ അങ്ങനെയുള്ള ഭയത്തിനൊന്നും സ്ഥാനമില്ല നിങ്ങൾ അങ്ങനെയുള്ള ലക്ഷണങ്ങളൊന്നും കാട്ടാതിരിക്കുക സ്വാമിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതാണ് നമുക്കൊരു നമുക്ക് തന്മാത്ര എന്ന് കാണാം ചേട്ട തദ് പറഞ്ഞാൽ അത് മാത്ര എന്ന് പറഞ്ഞാൽ അത് മാത്രമേ ഉള്ളൂ ഏത് ബ്രഹ്മം പിന്നെ എന്ത് തന്മാത്ര ദൈവി ഇത് അങ്ങനെ പറയാതിരിക്കും കൂടെ ചൊല്ലൂ കാരണം ഒരു ഒരു സംശയം സൃഷ്ടിക്കരുത് നമ്മൾ നമ്മളിത് കേൾക്കുന്നു നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നു നമ്മളറിയാതെ എന്തൊക്കെയോ സംഭവിക്കണം നമ്മൾ പോലും അറിയരുത് പക്ഷെ നമ്മൾ ഈ അറിയിക്കാൻ വെറുതെ ഇങ്ങനെ ഓരോ ചോദം നടത്തുന്നു അത് വേണ്ട എന്ന് പറയാം അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ അടുത്ത് അങ്ങനെ നടന്നു നീങ്ങുന്ന സമയത്ത് വളരെ ജാഗ്രതയോടുകൂടിയിട്ട് നമ്മൾ നടന്നു നീങ്ങണം എന്ന് പറയാം അതുകൊണ്ട് സന്യാസത്തെ ശ്രദ്ധിക്കൂ യഹ പശ്യതി സ പശ്യതി ഇതൊക്കെ ഭഗവാൻ പറയുമ്പം വളരെ എന്താ ആരാണോ കാണുന്നത് അവൻതാണെന്നോ അവനാണ് പരമാർത്ഥത്തെ കാണുന്നത് അവനാ ലക്ഷ്യത്തിലേക്ക് നോക്കുന്നവന് അവൻ ക്ഷണികമായതിൽ നോക്കുന്നില്ല എന്ന് പറയും സ്ഥിരമായതിനെ അവൻ കാണുന്നു ഹേ മഹാബാഹു അല്ലയോ അർജുന സന്യാസഹാത്തു സന്യാസമാകട്ടെ അയോഗത യോഗത്തിൽ നിന്നല്ലാതെ ആപ്തും ദുഃഖം പ്രാപിക്കാൻ ദുഃഖമാണ് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടുന്നത് സന്യാസം എന്നത് ഇങ്ങനെ പ്രാപിക്കേണ്ടുന്നതാണ് അതാണ് സ്വാമി ഇതുവരെ പറഞ്ഞത് യോഗയുക്ത യോഗയുക്ത മുനി യോഗയുക്തനായിട്ടുള്ള മുനി ന ചിരേണ ഒട്ടും വൈകാതെ എന്ത് ചെയ്യുന്നു ബ്രഹ്മ അധികച്ചതി ബ്രഹ്മത്തെ ഇവിടെ ബ്രഹ്മ എന്ന് പറയുമ്പം സന്യാസത്തെ എന്ന് തന്നെയാണ് അധികച്ചതി പ്രാപിക്കുന്നു അല്ലാത്തവനാവ് ദുഃഖമാണ് എന്ന് പറയും അതുകൊണ്ട് ഇവിടെ അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് വേദത്തിൽ ന കർമ്മണ ന പ്രജയാ ധനേന ത്യാഗേന ഏകെ ത്യാഗം കൊണ്ടോ ത്യാഗമാണ് സന്യാസം അപ്പൊ കർമ്മം കൊണ്ടോ പ്രജ കൊണ്ടോ ധനം കൊണ്ടോ ഒന്നും കിട്ടില്ല ഈ ധനികന്മാര് അങ്ങനെ ചെയ്യും ധനികന്മാര് ചിലപ്പം അവര് അതാണല്ലോ ഒരുപാട് ധനമൊക്കെ ഉള്ളവര് ഈ മരണാനന്തരമൊക്കെ കർമ്മങ്ങൾ വളരെ വിശ എന്താ വിസ്തരിച്ച് വിശദമായി വലിയ വലിയ പണ്ഡിറ്റുകളെയൊക്കെ വിളിച്ചുകൊണ്ടുവന്ന് ബ്രാഹ്മണന്മാരെയൊക്കെ വിളിച്ചുകൊണ്ടുവന്ന് വലിയ ഹോമാദികളും പൂജാദികളും ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യും എന്നാ ദേഹത്തിന് ഗതി കിട്ടട്ടെ ആത്മാവിന് ഗതി കിട്ടട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ ഗതിയൊക്കെ ആത്മാവിന് കിട്ടുമോ എന്നറിയില്ല ഏതായാലും ചെയ്യുന്ന ആൾക്ക് ചില്ലറ ദക്ഷിണ കിട്ടും ഒരിക്കലും ഒരു ധനികൻ ഇതുപോലെ കൊറേ ധനമുണ്ട് കാരണം മരിക്കാറായി എന്ന് കണ്ടപ്പം സഹസ്രനാമം ചൊല്ലി മരിക്കുകയാണെങ്കിൽ നന്നായിരിക്കുന്നു അദ്ദേഹത്തിന് തോന്നി അടുത്തുള്ളവർക്കൊക്കെ തോന്നി അങ്ങനെ സഹസ്രനാമം ചൊല്ലാൻ വേണ്ടിട്ട് ആളെ ഏർപ്പാടാക്കി ഇയാൾക്ക് ചൊല്ലാൻ വയ്യ നല്ല കാലത്ത് ചൊല്ലി പഠിച്ചിട്ടും അങ്ങനെ ഒരു മരണ അടുത്ത് തന്നെ ഒരുവൻ ഇരുന്ന് ഇങ്ങനെ സഹസ്രനാമം ചൊല്ല ആവർത്തിച്ച് ആവർത്തിച്ച് ഒരാവർത്തി കഴിഞ്ഞു വീണ്ടും ആവർത്തി കഴിഞ്ഞു പിന്നെ ഇദ്ദേഹം മരിക്കുന്നുണ്ടോ അതുമില്ല അങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കും ഇത് കേട്ടുകൊണ്ട് മരിക്കണം ഇദ്ദേഹത്തിന് അദ്ദേഹത്തിന് അറിയില്ല ഇത് ഇങ്ങനെയാണെന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട് ഏകദേശം അടുത്തു തുടങ്ങിയിട്ടുണ്ട് ഇനി അങ്ങോട്ട് ഇത് കേൾക്കട്ടെ ഭീഷ്മർ കേട്ട് കേട്ട് പോയതുപോലെ അല്ലെങ്കിൽ ചൊല്ലി പോയതുപോലെ അങ്ങനെ ഒരാൾ ഇരുന്ന് അങ്ങനെ ചൊല്ലി ചൊല്ലി ആളിടയ്ക്ക് ഇങ്ങനെ നോക്കും ഇല്ല പോകുന്നൊന്നുമില്ല അവസാനം ബാത്റൂമിൽ പോയി ചൊല്ലുന്ന ആള് ബാത്റൂമിൽ പോയി വരുമ്പോഴേക്കും ഇങ്ങോര് പോയി കഴിഞ്ഞു നോക്കണം അങ്ങോടെ ഒരു ഗീതി അതുവരെ അവിടെ ഇരുന്നിട്ട് അതുകൊണ്ട് പ്രയാസമാണ് അയോഗത ആപ്തം ദുഃഖം യോഗ്യതയില്ലാപ്തവന് എന്നൊക്കെയുണ്ട് അയോഗത അത് ബുദ്ധിമുട്ടാണ് തുടർന്ന് യോഗയുക്ത വിശുദ്ധാത്മാചിതാത്മാജിതേന്ദ്രിയ ത്മഭൂതാത്മാ കുന്നിപ്യത്തെ യോഗയുക്ത വിശുദ്ധാത്മാ വിജിതാത്മാ ജിതേന്ദ്രിയ സർവഭൂതാത്മഭൂതാത്മാ കുർവൻ അപ്പി നിപ്യത്തെ യോഗയുക്ത യോഗയുക്തൻ യോഗത്തോടുകൂടിയിട്ടുള്ളവൻ അറിവോട് കൂടിയിട്ടുള്ളവൻ എന്ന് മനസ്സിലാക്കിയാൽ മതി രഹസ്യങ്ങൾ അറിഞ്ഞവൻ കർമ്മത്തിന്റെയും കർത്താവിന്റെയും പ്രകൃതിയുടെയും ഏതാണ് ഏവം പ്രവൃത്തിതം ചക്രം നേരത്തെ പറഞ്ഞിണ്ടല്ലോ ആ ചക്രത്തെ പ്രവൃത്തി ചക്രത്തെ അറിഞ്ഞവൻ യോഗയുക്ത വിശുദ്ധാത്മാ അവന്റെ മനസ്സിലെ മാലിന്യങ്ങളൊന്നുമില്ല എന്ന് പറയാം മാലിന്യങ്ങളെല്ലാം അകന്നിട്ടുള്ള വിജിതാത്മാ വിചിതാത്മ മനസ്സിനെ ജയിച്ചിട്ടുള്ളവൻ ജിതന്മാർ ജയം ഏതിനെ മനസ്സിനെ വിചിതാത്മാ ജിതേന്ദ്രിയ ഇന്ദ്രിയങ്ങളെ ജയിച്ചിട്ടുള്ളവൻ ഇന്ദ്രിയങ്ങള് വിഷയങ്ങളിൽ വ്യാപരിക്കുന്നു എന്നും ആ ഇന്ദ്രിയ വ്യാപാരങ്ങളിൽ ആ ഇന്ദ്രിയങ്ങളെ ഇന്ദ്രിയങ്ങളുടെ പ്രവൃത്തികൾ ചെയ്യുന്നു അതിൻ്റെ ഫലത്തിൽ രാഗദ്വേഷം ആർക്കുണ്ടാകുന്നില്ലയോ അവനാണ് ആര് ജിതേന്ദ്രിയൻ സർവഭൂതാത്മഭൂതാത്മാ സർവഭൂതാ സർവഭൂതങ്ങളെയും ആത്മാവിൽ കാണുന്നവൻ താൻ തന്നെയായി കാണുന്നു എല്ലാറ്റിനും എന്തുകൊണ്ട് യഹ നദ്വേഷി യാതൊരുവനാണോ ഒന്നിനെയും ദ്വേഷിക്കാത്തത് അതിന്റെ ഫലമായി അവൻ എന്തെങ്കിലും ചെയ്യുന്നുവെങ്കിൽ കുറുവൻ അഭി അവൻ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാലും ഒന്നും അവനെ ബാധിക്കുന്നില്ല ഏത് കർമ്മവും ചെയ്തോളൂ ഇനി ഭഗവാൻ അർജുനന് സംശയം തീർക്കാൻ വേണ്ടിയിട്ട് അതായത് ഈ ശ്ലോകം നന്നായി മനസ്സിലാക്കണം അതിലെ രണ്ട് ശ്ലോകങ്ങൾ ഈ എട്ടും ഒൻപതും സന്യാസി ആരാണ് അതായത് നമ്മളൊക്കെ ഇത്രയും അങ്ങോട്ട് തെളിച്ച് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലം ഇവൻ ഉപനിഷത്തിലൊന്നും കാണില്ല ഇത്രയും വ്യക്തമായി അവതരിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ ഒരു ശാസ്ത്രത്തിലും കാണില്ല ഭഗവത്ഗീതയുടെ സൗന്ദര്യം അതാണ് അത്ര വളരെ വൃത്തിയായി സംശയത്തിനൊരാൽപ്പം പോലും ഇട നൽകാതെ അടുത്ത രണ്ട് ശ്ലോകങ്ങളിൽ ഭഗവാൻ ജ്ഞാനിയുടെയും സന്യാസിയുടെയും ഒക്കെ ലക്ഷണം പറയുക എങ്ങനെയായിരിക്കണം സന്യാസം എന്താണ് സന്യാസിയുടെ ഭാവം ഇത്യാദി കാര്യങ്ങളൊക്കെ നമുക്കുള്ള സംശയങ്ങൾ ഭഗവാൻ നേരത്തെ അർജുനൻ കുറെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്താ ലക്ഷണങ്ങളൊക്കെ സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണമൊക്കെ ഇതും കൂടെയാണ് നോക്കാം ിത്കോമീതി യുക്േവിത് പശ്യൻ ശൃവൻ സ്പൃശൻ ജിഘ്രൻ അശ്നൻ ഗൻ സ്വഞ്ച്വസൻ പ്രളപൻ വിസൃജൻ ഗൃഹൻ ഉന്മൻ നിമിഷൻ അപ്പിയണീന്ദ്രിഷ വളരെ വളരെ എന്താ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒരു എങ്ങനെയാ പറയേണ്ടത് അത് പറയാം പറഞ്ഞു വരാം അതായത് നിങ്ങൾക്ക് അവസരം കിട്ടുന്നുവെങ്കിൽ നിങ്ങളൊരു ചെറിയ കുട്ടിയെ ഒന്നോ രണ്ടോ ദിവസം പ്രായമായിട്ടുള്ള ഒരാഴ്ചയിൽ കൂടുതരു കൂടരുത് എന്ന് പറയാം അപ്പോട്ടെ ഒരു പത്ത് ദിവസം ജനിച്ച ഒന്നാം ദിവസം അല്ലെങ്കിൽ രണ്ടാം ദിവസമൊക്കെ കുട്ടി എപ്പോഴാണോ കണ്ണ് തുറക്കുന്നത് കുട്ടിയുടെ കണ്ണിലേക്ക് നോക്കുക ആ കണ്ണങ്ങനെ ഒഴുകി ഒഴുകുന്നത് കാണാം എന്ന് പറയുന്നത് ചെറിയ കുട്ടികളുടെ ചെറിയ ഒരു മാസമൊക്കെ ഒപ്പിക്കാം നമുക്ക് ഒഴുകുന്ന കണ്ണാണത് അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയാം ഒരു എന്താ പറയുക ഒരു സ്പർശവും എവിടെയും ഒരു തരത്തിലുള്ള എന്താ പറയുക സ്പർശനങ്ങളും ഇല്ലാതെ ഇതാണ് സന്യാസിയുടെ കണ്ണ് എന്ന് പറയുക ഈ ഒരു രണ്ടാം ശൈശവം ഇതിനാണ് ഭഗവാൻ നമ്മളെ നമ്മുടെ വീണ്ടും ഒരു ജന്മം നമ്മുടെ ഒരു ആ ശിശുവിലേക്ക് നമ്മളെ എടുത്തിടുകയാണ് ഇതാണ് ദ്വിജൻ എന്ന് പറയുന്നത് രണ്ടാം ശൈശവത്തിലേക്ക് ഭഗവാൻ നമ്മളെ ക്ഷണിക്കുന്നു ഒഴുകൽ ഇന്ദ്രിയങ്ങൾ അങ്ങനെ ഒഴുകുന്നു എന്ന് പറയും ഒരു ഒരു സ്പർശം പോലും ഇല്ലാതെ ആകാശത്തിലെ പറവകൾ പോകുന്നത് പോലെ എവിടെയും പാടുകൾ വീഴ്ത്തുന്നില്ല അതാണ് പറയാൻ പോകുന്ന കാര്യം അതൊരു ഗംഭീരമായിട്ടുള്ള സംഭവമാണ് അതുകൊണ്ട് അവർ ഇതെവിടെയും പറഞ്ഞിട്ടില്ല അപ്പൊ നമുക്കൊരു രണ്ടാം ശൈശവം ആവശ്യമാണ് അതിനായിട്ടാണ് നാം നേരത്തെ പറഞ്ഞത് ഗുരുവിൻ്റെ അടുത്തേക്ക് പോയിട്ടുള്ളത് പരിപ്രശ്നേന സേവയ അവിടെ ഞാൻ എന്നെ എന്റെ അഹങ്കാരത്തെ ഇറക്കിവെക്കേണ്ടതുണ്ട് അങ്ങനെ അഹങ്കാരത്തെ ഇറക്കിവെക്കുന്നതിലൂടെ ഞാൻ എന്താ നേടുന്നതാണ് ഈ രണ്ടാം ശൈശവം തത്വവിത് തത്വവേദിയായിട്ടുള്ള തത്വത്തെ അറിഞ്ഞിട്ടുള്ള യുക്ത യുക്തൻ യോഗി അവൻ എന്ത് ചെയ്യുന്നു പശ്യൻ അവൻ കാണുന്നു കാണുന്നുണ്ട് കാര്യങ്ങൾ ശൃണ്വൻ കേൾക്കുന്നു കുട്ടി കാണുന്നു കുട്ടി കേൾക്കുന്നു നമ്മൾ കണ്ടിട്ടുണ്ടോ ഈ കുട്ടികളെ എന്താ സ്വാമി പറയുന്നത് പിന്നെ കുട്ടികളെ കാണാതെ ഇല്ല കണ്ടിട്ടില്ല നമ്മള് നമ്മൾ കുട്ടിയുടെ മൂക്ക് കാണുമ്പം കുട്ടിയുടെ അച്ഛമ്മയുടെ മൂക്കാ കാണുന്നത് കുട്ടിയുടെ കണ്ണ് കാണുമ്പോൾ നമുക്ക് സംശയമാണ് ഇവന്റെ കണ്ണ് കോസറയാവോ അതോ ഒന്ന് കാണിക്കണോ ഡോക്ടറെ അതൊക്കെയാ നമ്മൾ കാണുന്നത് നമ്മൾ എന്തൊക്കെയോ കുട്ടിയെ കാണുമ്പോ എന്റെ ഈശ്വരായി കുട്ടിക്ക് എന്തെങ്കിലും നിങ്ങൾ നോക്കൂ നിങ്ങളിതിനു മുൻപ് കുട്ടിയെ എൻ്റെ കുട്ടിയെ ഞാൻ കണ്ടിട്ടുണ്ടോ അപൂർവം അമ്മമാർ കാണാറുണ്ട് കേട്ടോ ഇല്ല എന്ന് പറഞ്ഞുകൂട അങ്ങനെ നിങ്ങളെ മോശാക്കല്ല എന്നാലും പലപ്പോഴും നമ്മൾ കാണൽ കുറവാ അതുകൊണ്ട് കുട്ടിക്ക് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ആ കുട്ടി കണ്ണടക്ക കൂടുതൽ സമയം നിങ്ങളൊക്കെ ഉറങ്ങിക്കഴിഞ്ഞാൽ അവൻ കണ് അവനല്ലെങ്കിൽ അവൾ കണ്ണ് തുറക്കുന്നത് ഇല്ലേ അതുകൊണ്ടാണല്ലോ അവൻ ബ്രാഹ്മ മുഹൂർത്തത്തിൽ നമ്മളെ വിളിച്ചുണർത്തുന്നത് സ്വാമി പറഞ്ഞിട്ടില്ലേ ശിശുക്കള് ഈശ്വരന്റെ വര വരദാനമാണ് എങ്ങനെ ബ്രാഹ്മ മുഹൂർത്തത്തെ നമുക്ക് അറിയിപ്പിച്ചു തരുന്നത് അവര് എന്താ അവൻ തന്നെ ആലോചിക്കുന്നുണ്ടാവും എന്താ ഇവരിങ്ങനെ കിടന്നുറങ്ങുന്നു ഇത്ര നല്ല സമയത്തെ അതുകൊണ്ട് ഇവരിങ്ങനെ ഉറക്കിയാൽ ശരിയാവില്ലെന്ന് പറഞ്ഞാൽ കണ്ടിട്ട് തുടർന്നു നോക്കണം ആ കുട്ടിയെ അവൻ എന്ത് ചെയ്യുന്നു കാണുന്നു പശ്യൻ കാണുന്നു ശൃണ്ൻ കേൾക്കുന്നു സ്പൃശൻ സ്പർശിക്കുന്നു ജിഗ്രൻ അവൻ എന്താ ശ്വസന അതായത് മണക്കുന്നു ജിഗ്രൻ എന്ന് പറഞ്ഞാൽ മണപ്പിക്കുന്നു മണക്കുന്നു അശ്നൻ ഭക്ഷിക്കുന്നു പ്രളപൻ സംസാരിക്കുന്നു ഗൃഹൻ പിടിക്കുന്നു ഗ്രഹിക്കുന്നു ഗൃഹൻ എന്ന് പിടിക്കുന്നു ഗച്ഛൻ നടക്കുന്നു വിസർജൻ വിസർജിക്കുന്നു ശ്വസൻ ശ്വസിക്കുന്നു ഉന്മിഷൻ കണ്ണടയ്ക്കുന്നു നിമിഷൻ കണ്ണു തുറക്കുന്നു സ്വപൻ ഉറങ്ങുന്നു അപ്പി ഇങ്ങനെയൊക്കെയാണെങ്കിലും എന്താണ് ഇതൊക്കെ ഇന്ദ്രിയണി ഇന്ദ്രിയാർത്ഥേഷു വർദ്ധന്തേ ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയ വിഷയങ്ങളിൽ വർദ്ധിക്കുന്നു ഇന്ദ്രിയങ്ങൾ അങ്ങനെ ഇന്ദ്രിയ വിഷയങ്ങളിൽ അങ്ങനെ ഒഴുകുന്നു ഇതി ധാരയൻ ഇതാണ് മുമ്പൊക്കെ അറിഞ്ഞുകൂടാത്ത കോഴിക്കോടം ഭാഷ പറഞ്ഞ ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയങ്ങളിൽ പ്രവർത്തിക്കുന്നു എന്നറിഞ്ഞ് ഇതി ധാരയൻ അവിടെ നമ്മുടെ ധാരണ എന്താ ഞാൻ എന്നാണ് അതായി കുഴപ്പം ഇത്രയുള്ള വ്യത്യാസം യോഗിയുടെയും ഭോഗിയുടെയും വ്യത്യാസം ഇതാണ് അഹം കിഞ്ചിത് ഏവ നരോമി അഹം ഞാൻ കിഞ്ചിത് ഏവ ഒന്നും തന്നെ ന കറോമി ചെയ്യുന്നില്ല ഇതി മന്യതെ എന്ന് കരുതുന്നു അതാണ് രമണ മഹർഷിയുടെ ജീവിതത്തിലെ രമണ മഹർഷിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് വളരെ വളരെ ഹൃദയസ്പൃക്കായിട്ടുള്ള ഒരു അനുഭവം രേഖപ്പെടുത്തുന്നുണ്ട് ലളിത എന്ന് പറഞ്ഞിട്ടുള്ള കൊച്ചുകുട്ടി കുസൃതികൾ കാട്ടുന്ന സമയത്ത് ആശ്രമത്തിൽ കാട്ടുന്ന സമയത്ത് അവരുടെ മാതാപിതാക്കൾ ഓരോന്ന് പറയുന്ന സമയത്ത് എന്താ ചെയ്യുന്നത് ചോദിച്ചാൽ ഞാൻ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയും ഏ കുട്ടികളെപ്പോഴും അങ്ങനെയാ പറയാ ആരടാ ഇത് ചെയ്തത് ഞാനല്ല ഞാൻ ചെയ്തിട്ടില്ല അഹം നരോമി ഇല്ലേ അപ്പൊ അവൻ അഹം നരോമി എന്നല്ലേ പറയണത് അപ്പൊ നമ്മുടേതെന്താ എന്നാൽ ഇവനെ കൊണ്ട് പറയിപ്പിച്ചിട്ട് എന്ന കാര്യം നമുക്കറിയാം കുട്ടിയല്ലാതെ വേറെ ആരുമില്ല ഇത് ചെയ്യാൻ എന്ന് പക്ഷേ നമ്മൾ എന്ത് ചെയ്യാനാ ഹരിശന്ദ്രനായിപ്പോയില്ലേ കുട്ടിയെ കൊണ്ട് ഇത് പറയിപ്പിച്ച് നമ്മളടങ്ങും ഞാൻ അത് കേട്ടിട്ടെങ്കിലും ജ്ഞാനി ആവണ്ടേ അവൻ എത്ര സത്യമാവൻ പറഞ്ഞത് കുട്ടിയായിരിക്കുമ്പോഴാണ് ഇതൊക്കെ പറയാൻ സാധിക്കുക കാരണം എന്താണെന്ന് പറയുക അഹങ്കാരത്തിൻ്റെ സ്പർശമില്ല അതുകൊണ്ട് അവൻ വെളിപ്പെടുത്തുന്ന എല്ലാം പരമമായ സത്യമാണ് കുട്ടികളെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികളെ അറിയേ ഞാൻ ചെയ്തിട്ടില്ല ഞാനല്ല നീയല്ലേ പിന്നെ ആരാ എനിക്കറിഞ്ഞില്ല രമണ മഹർഷി ഇങ്ങനെ കേട്ടു ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അപ്പൊ മഹർഷി പറഞ്ഞു കണ്ടോ അതാണ് ജ്ഞാനം അതാണ് ജ്ഞാനിയുടെ അവസ്ഥ എല്ലാ കുസൃതി അവനാ കാണിച്ചത് എന്നിട്ടോ അവനൊന്നും ചെയ്തിട്ടില്ല അവളൊന്നും ചെയ്തിട്ടില്ല അവളെ വിളിച്ചു മടിയിലിരുത്തി നഹർഷി എന്നിട്ട് ഉപദേശിച്ചു കൊടുത്തു ന എന്താ ഉപദേശിച്ചത് വലിയ ഉപദേശ കൊടുത്തത് ദേഹോ നാഹം കോഹം സോഹം ദേഹോ നാഹം അഹം ന ദേഹ ഞാൻ ദേഹമല്ല പിന്നെ കോഹം കഹ അഹം ആരാണ് ഞാൻ സോഹം സഹ അഹം അവനാണ് ഞാൻ അറിയാൻ പറഞ്ഞു ദേഹോനാഹം കോഹം സോഹം ദേഹോനാഹം കോഹം സോഹം ദേഹോനാഹം കോഹം സോഹം കുട്ടിക്ക് ഒരു താരാട്ട് പോലെ പറഞ്ഞുകൊടുത്തു മഹർഷി ദേഹോനാഹം കോഹം സോഹം ദേഹോനാഹം കോഹം സോഹം കുട്ടിക്ക് ഒരു താരാട്ട് പോലെ പറഞ്ഞുകൊടുത്തു മഹർഷി കുട്ടി കുറച്ചുകാലേ ജീവിച്ചിരുന്നുള്ളൂ എന്നാ അത് ഇതുകൊണ്ടാണെന്ന് വിചാരിക്കരുതേ നിങ്ങൾ വല്ല നീ മഹാത്മാക്കൾ ഇരുത്തി ദേഹോ നാഹം കോഹം സോഹം പിന്നെ കുട്ടികളുടെ കാറ്റ് പോവും അല്ല കുട്ടിക്ക് അത്രയും ഈ ലോകത്തില് ആന്ധ്രാപ്രദേശിലോ അവിടെ എവിടെയോ ആണ് അവർ കുട്ടിയുടെ സമാധി ഉണ്ട് അച്ഛനും അമ്മയൊക്കെ പോയിട്ട് അവിടെ പോയി സമാധി പീഠത്തിൽ അവിടെ പോയി വലിയ ആശ്വാസമാണ് അവർക്ക് ആയിരുന്നു കുറച്ചു കാലം ഇപ്പോഴും അവരൊരു ഗുരുവിനെ പോലെ കുട്ടിയിൽ നിന്ന് ഈ വെളിച്ചം കിട്ടിയവർക്ക് ചിലപ്പോ അങ്ങനെയാണ് അപ്പൊ ഞാനെല്ലാം ചെയ്യുന്നു പക്ഷെ ഒന്നും ഞാനല്ല അപ്പൊ ഈ ചെയ്തതൊക്കെ ഇന്ദ്രിയങ്ങള് ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങളിൽ വ്യാപരിക്കുന്നു അസംഗോഹം അസംഗോഹം പുന പുനഹ സച്ചിതാനന്ദോഹം അഹമേവാഹമവ്യയോഹം നിരവദ്യോഹം നിരാോഹമേവ അനന്ഹം അഹമേവാഹമവ്യയൊന്നും ഞാനല്ല എന്ന് പറയാം അഹമസങ്ക അഹമസങ്കഹ ഇതാ കേട്ടോളൂ പിന്നെയോ അത് അതിൻ്റെ വഴിക്ക് നടക്കണം നടന്നോട്ടെ നിങ്ങളതിൽ യാതൊരു ബലവും കൊടുക്കണ്ട ഓർത്തുമില്ല അയ്യോ ഞാനല്ലേ ഒന്നുമല്ല കരണ്ടിങ്ങനെ പോകുന്നു പല ഉപകരണങ്ങളിലൂടെ പല അത് പ്രവർത്തിക്കും ഫാനിൽ വരുമ്പം കാറ്റാവും ടി വിയിൽ വരുമ്പം ദൃശ്യങ്ങളാവും ഹീറ്ററിൽ വരുമ്പം ചൂടാവും എ സിയിൽ വരുമ്പം തണുപ്പാവും ചൂടാണോ അല്ല കരണ്ട് കാറ്റാണോ അല്ല കരണ്ട് ശബ്ദമാണോ അല്ല പിന്നെയോ കരണ്ട് ഇതിനൊക്കെ അതീതമാണ് അതീതമായിട്ടുള്ളതാണ് ഞാൻ ഇതൊക്കെ അതിൻ്റെ വഴിക്ക് അങ്ങനെ പോകട്ടെ ശുദ്ധചൈതന്യ രൂപോഹം ആത്മാരൂപോഹമേവച്ച ഞാൻ ആരാണ് അഹം ആത്മാ അഹം ബോധ അഹം അവ്യയ അഹം അച്യുത ഇതിൽ നിലകൊള്ളണം എന്ന് പറയാം അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് വളരെ വളരെ വളരെ പ്രധാനപ്പെട്ടത് എന്ന് പറഞ്ഞാൽ വളരെ വളരെ പ്രധാനപ്പെട്ടത് എന്തുകൊണ്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു ഇതാ കാണുന്നു കേൾക്കുന്നു സ്പർശിക്കുന്നു മണക്കുന്നു ഭക്ഷിക്കുന്നു സംസാരിക്കുന്നു പിടിക്കുന്നു നടക്കുന്നു വിസർജിക്കുന്നു ശ്വാസോച്ഛ്വാസം ചെയ്യുന്നു കണ്ണട കണ്ണടയ്ക്കുന്നു കണ്ണു തുറക്കുന്നു ഉറങ്ങുന്നു സ്വപ്നം കാണുന്നു ഇതൊക്കെ ചെയ്യുന്നു ആരാ ഇതൊക്കെ ചെയ്യുന്നത് ഞാനാണോ അല്ല പിന്നെയോ എനിക്കിതിൽ യാതൊരു പങ്കുമില്ല മനസ്സിലാവുന്നുണ്ടോ ഇതാണ് സന്യാസം ഇതൊക്കെ നമ്മൾ ചെയ്യുന്നതല്ലേ ഇതിലൊക്കെ നമ്മുടെ സമീപനം എന്തായിരിക്കണം ഇതിനെക്കുറിച്ചാണ് ഭഗവത്ഗീത പറയണത് വേറൊരു മതവും ഭഗവത്ഗീത പറയുന്നില്ല ഭഗവത്ഗീതയ്ക്ക് അതിലൊന്നും താല്പര്യമില്ല അതുകൊണ്ട് ഭഗവത്ഗീത എന്ന് പറഞ്ഞാൽ ഏതൊരാൾക്കും ഏതൊരാളും ഈ സയൻസ് ഈ ശാസ്ത്രം പഠിക്കേണ്ടതാണ് ഈ കല അതുകൊണ്ട് സ്വാമിജിതിന് ദ ആർട്ട് ഓഫ് മാൻ മേക്കിംഗ് പേര് കൊടുത്തത് ഭഗവത്ഗീത എന്ന് വിളിക്കാൻ സ്വാമിക്ക് എന്തോ സ്വാമിജിയുടെ മനസ്സൊരു സമയം സമ്മതിച്ചില്ല തോന്നുന്നുണ്ട് അതുകൊണ്ട് സ്വാമിജി ഇതിന് കൊടുത്ത പേരതാണ് ആർട്ട് ഓഫ് മാൻ മേക്കിംഗ് എല്ലാം നമ്മളെ സംബന്ധിക്കുന്നതല്ലേ എല്ലാം ഇതൊക്കെ ചെയ്യുമ്പോഴും നോക്കൂ ആ അകർമ്മിയായിട്ടുള്ള ഈ കർമ്മത്തിന് ഈ ചലനങ്ങൾക്ക് മുഴുവൻ നിദാനമായി നിലകൊള്ളുന്നതിനെ അറിയുമ്പോഴൊരു സന്തോഷം ഇന്നലകളിൽ ഇതൊക്കെ ഇങ്ങനെ ഓർത്ത് നമ്മൾ താടിക്ക് കൈയും കൊടുത്ത് ഇങ്ങനെ ഇരിക്കുക എന്തിനാ നിങ്ങൾ ഈ താടിക്ക് ഇങ്ങനെ കൈ കൊടുത്ത് കൈ കൊടുത്ത് ഇങ്ങനെ താടി വേദനിപ്പിക്കുന്നത് ഇതിനെക്കുറിച്ച് ഓർക്കും എല്ലാ ചലനങ്ങളും നടക്കുമ്പം ചലിക്കാത്ത ആ അധിഷ്ഠാനം അതായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം എന്ന് പറയാം എല്ലാമാകാം അതുകൊണ്ടാ ഭഗവാൻ തന്നെ അതുകൊണ്ടാണ് കൃഷ്ണന് കൃഷ്ണനാണ് ഈ കല അഭ്യസിപ്പിക്കാൻ പോകുന്നവൻ അത അതാണ് കൃഷ്ണന്റെ പരിത്യാഗം എന്ന് പറയുന്നത് ഇതാണ് കൃഷ്ണൻ പരിത്യജിച്ചത് ബാഹ്യമായതിനെയല്ല കൃഷ്ണൻ സ്വീകരിച്ചതുണ്ട് ആന്തരികമായ ഒന്നിനെ അതിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റത് തനിയെ കൊഴിഞ്ഞു വീഴും പിന്നെ അധികം അതിന് പ്രയാസപ്പെടുന്നു വേണ്ട ഒരിക്കലൊരാൾക്ക് മൂക്കിനൊരു വ്രണമുണ്ടായി അദ്ദേഹം ഡോക്ടറെടുത്ത് പോയപ്പോ ഡോക്ടർ പറഞ്ഞു ഓപ്പറേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പൊ ഓപ്പറേറ്റ് ചെയ്യാൻ മടിയായി വീണ്ടും വേറൊരു ഡോക്ടറെ അടുത്ത് പോയി അപ്പോഴും ആ ഡോക്ടറും പറഞ്ഞാൽ അത് മുറുക്കി തന്നെ വേണം അപ്പോഴേക്കും വഷളായിക്കൊണ്ടിരിക്കുക കാര്യം മുറിക്കേണ്ട സ്ഥലം അങ്ങനെ കൂടിക്കൂടി വരിക പിന്നെ അവസാനം വേറെ ഏതോ ഒരു ഡോക്ടർ വന്നിട്ടുണ്ട് കേട്ടു അദ്ദേഹം ഈ വക മാത്രം നോക്കുന്ന അങ്ങനെ അദ്ദേഹം അവിടെ പോയി ആ ഡോക്ടർ ഒരു തേക്കാൻ ഒരു അപ്പോയിൻമെൻറ്റ് കൊടുത്തു മരുന്ന് കൊടുത്തു അപ്പോൾ ഡോക്ടറോട് ചോദിച്ചു അപ്പൊ മുറിക്കേണ്ടതെന്ന് ചോദിച്ചു ഡോക്ടർ ഒന്ന് തനിയെ വീണോളൂ ഇനി കുറച്ചുകൾ വീഴാം ഇത് പരട്ടിയാൽ മതിയോ അറിയാം അങ്ങെത്തിയിട്ടുണ്ട് ഒരു ബലാത്കാരവും വേണ്ട തനിയെ കൊഴിഞ്ഞു വീഴും എല്ലാം ഇത് പരട്ടിയാ മതി ഈ തൈലം ഇപ്പൊ ഈ അഹങ്കാവം ഉണ്ടല്ലോ അതാണ് എല്ലാറ്റിനും കാരണം ഒന്ന് വിട്ടൊന്ന് നോക്കും സ്വാമി പറയട്ടെ ഉപനിഷത്ത് നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി പറയാ കാരണം നിങ്ങൾ ഇത്രയും വന്നിരുന്ന് ശ്രദ്ധാപൂർവം കേട്ടതുകൊണ്ട് കാരണം പറയുന്നതിന് ചില പരിമിതികളൊക്കെ ഉണ്ട് എന്നാലും പറയാതിരിക്കാൻ പറ്റില്ല ഉപനിഷത്ത് ഒരാനന്ദത്തെക്കുറിച്ച് പറയുന്നുണ്ട് ബ്രഹ്മാനന്ദത്തിന്റെ ഒരു കണിക ഒരുവൻ അനുഭവിക്കുന്നത് മനുഷ്യൻ അനുഭവിക്കുന്നത് ലൈംഗികയിലാണ് അത്ര ലൈംഗിക വേഴ്ചയിലാണ് ഈ ലൈംഗിക വേഴ്ചയിൽ അവന് ആനന്ദം കിട്ടുന്നുവെങ്കിൽ അവന് നിധാനം അവൻ അഹങ്കാരത്തെ പരിത്യജിക്കുന്നത് കൊണ്ടാണ് ഞാൻ എന്ന ഭാവം അവൻ വിടുന്നു ഏതൊരാനന്ദമാണോ നമുക്ക് അവിടെ കൈവരുന്നത് അതേ ആനന്ദത്തെ നിങ്ങൾക്ക് അതൊരു മുട്ടുസൂചിയിൽ കുത്തിയെടുത്താൽ എത്രയാണോ അതായിട്ടാണ് അവിടെ പറയുന്നത് കാരണം മനുഷ്യന് മനസ്സിലാവുന്നത് അവനെ അനുഭവിച്ചൊരനന്ദുണ്ടല്ലോ അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണമല്ലോ അപ്പൊ വളരെ പച്ചയ്ക്ക് പറയുന്നതാ അവിടെ അവൻ അതിനെ എന്താ പറയുക ഞാൻ എന്ന ഭാവത്തെ പരിത്യജിക്കുന്നു അവൻ ചുറ്റുപാടിനെ പരിത്യജിക്കുന്നു കാലത്തെ പരിത്യജിക്കുന്നു സമയത്തെ പരിത്യജിക്കുന്നു സമയബോധം കാലബോധം ചുറ്റുപാടിൻ്റെ ബോധം എല്ലാറ്റിനെയും കൈവിട്ട് അവൻ എവിടെയോ ഒന്നാവാനുള്ള ഒരു ശ്രമം നടക്കുന്നു അതുകൊണ്ട് അവന് ആനന്ദം ഉണ്ടാവുന്നു ഉടമസ്ഥാബോധം വിടുന്ന സമയത്ത് അപ്പൊ അതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നു അതിൻ്റെ പതിന്മടങ്ങ് അതെന്താണ് ലേശലേശത ഇനേ അതൊരല്പ അല്പം മാത്രം അതിന്റെ എന്താ അതിന്റെ ഒരു കടലാണ് ബ്രഹ്മാനന്ദം അവിടെ എന്താണ് ഈ ഇതാണ് ഉടമസ്ഥതാബോധം വിടലാണ് അപ്പൊ നമുക്ക് സുഷുപ്തി സമാനമായ ശാന്തിയെ ജാഗ്രത അവസ്ഥയിൽ കൈവരിക്കാൻ സാധിക്കും നമ്മുടെ എടുക്കലിലും കൊടുക്കലും ഇപ്പൊ ഇവിടെ പറഞ്ഞുവല്ലോ എന്തൊക്കെയാ അവിടെ പറഞ്ഞത് ഭക്ഷിക്കുന്നു മണക്കുന്നു കാണുന്നു കേൾക്കുന്നു സ്പർശിക്കുന്നു സംസാരിക്കുന്നു പിടിക്കുന്നു നടക്കുന്നു ഓടുന്നു ചാടുന്നു എല്ലാം ചെയ്യുന്നു ഇന്ദ്രിയങ്ങളാ ചെയ്യും ഞാനല്ല ആ സമയത്താണ് ഇന്ദ്രിയങ്ങളൊക്കെ ഇന്ദ്രിയങ്ങളുടേതായിട്ടുള്ള പൂർണ്ണ ഭാവം തന്നെ കൈവരിക്കുന്നത് ഇപ്പം ഞാനിനോട് ചേർക്കുന്ന സമയത്തിന് അതിന് പൂർണ്ണതയില്ല കാരണം ഈ പൂർണ്ണമായൊന്ന് അപൂർണ്ണമായതുമായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും അതിന് പൂർണ്ണത ഒരിക്കലും കിട്ടില്ല ഞാനാണ് ഇതിന് തടസ്സം ഞാനൊന്നും അറിയില്ല എന്ന് പറയുന്നത് ഒരു ഒളിച്ചോട്ടത്തിനായിട്ടല്ല ഇവിടെ പറയുന്നത് ഇപ്പൊ നമ്മൾ എന്നാൽ ശരി അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഏടാകൂടങ്ങൾ ചെയ്തിട്ടുണ്ടേ അതൊന്നും ഞാനല്ല ആഹോ ഈ നമ്മൾ മനസ്സിലാക്കുമ്പം വീണ്ടും നമുക്ക് നമ്മുടേതായിട്ടുള്ള പരിമിതമായിട്ടുള്ള ഒരു മനസ്സുണ്ടായി വികലമായിട്ടുള്ള മനസ്സുകൊണ്ട് നമ്മൾ വീണ്ടും ഇതിനെ അറിയും നിങ്ങൾക്കിത് കേൾക്കുമ്പോ തന്നെ സംശയം തോന്നും അപ്പൊ സ്വാമിജി എന്ത് തെറ്റും ചെയ്യാലേ നോക്കൂ അപ്പൊ ഏത് മനസ്സാണ് അതിനെ വിഭജിക്കപ്പെട്ട മനസ്സാണ് അത് ചോദിക്കുന്നത് തന്നെ നിങ്ങളുടെ മനസ്സിൽ ആർക്കെങ്കിലും അങ്ങനെ സംശയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ സംശയത്തെപ്പോ തന്നെ സ്വാമി ഹനുജേക്കാം വിഭജിച്ച മനസ്സാണ് ആ ചോദ്യം തന്നെ ഉന്നയിക്കുന്നത് എന്തും ചെയ്യാം എന്നുള്ളത് എടോ ചെയ്തികളെ ഇല്ല ഇവിടെ പിന്നെ ഇത് എന്തും ചെയ്യല് ഒന്നുമില്ല ശ്രദ്ധിച്ച് മനസ്സിലാക്കുക അതുകൊണ്ട രണ്ടാം ശൈശവം എന്ന് പറഞ്ഞത് രണ്ടാം ശൈശവമാണ് ഇതിന് പറ്റിയൊരു ഉദാഹരണം അതുകൊണ്ടാണ് ജനിച്ചപ്പോ തന്നെ എന്താ ശ്രീശുഖനങ്ങനെ നടന്നു നീങ്ങിയത് എന്നാ അവനങ്ങനെ എല്ലാം ബ്രഹ്മമായി കണ്ട് ഒരൊറ്റ പോക്ക് ഒന്നും ചെയ്യുന്നില്ല നമുക്കത് സാധിക്ക സാധിക്കാത്തതല്ല സാധിക്കുന്നതാണ് ഇതിൽ നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടാവുമ്പം അതിനെ നിങ്ങൾ ഉന്നയിക്കും വല്ലവരുടെയും സംശയവും കാര്യങ്ങളോ ഒന്നും ആയിരിക്കരുതെ എനിക്ക് ഈ സ്വാമി പറഞ്ഞിട്ടുള്ള ഈ ശ്ലോകത്തിൽ ചില ചില സംശയങ്ങളുണ്ട് ഇപ്പം ഞാൻ കാണുന്നതിൽ ഞാൻ കേൾക്കുന്നതിൽ ഞാൻ എൻ്റെ സംസാരത്തിൽ എൻ്റെ മറ്റ് പ്രവൃത്തികളിലൊക്കെ ഈ നിത്യതയെ കണ്ടുകൊണ്ട് എങ്ങനെ ഞാൻ കർമ്മം ചെയ്യും അപ്പം നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ വരാമിതിൽ ചിന്തിക്കുന്ന ഒരാൾക്ക് സ്വാമിയുടെ ചോദ്യം വളരെ ലളിതമാണ് ഇപ്പൊ ഞാൻ എന്ന ഭാവത്തെ വെച്ചുകൊണ്ട് ചെയ്യുന്ന ഈ കർമ്മങ്ങളിൽ കർമ്മങ്ങൾക്കൊക്കെ അതിന്റെ പൂർണ്ണത കൈവരിക്കാൻ സാധിക്കുന്നുണ്ടോ എന്നാണ് സാധിക്കുന്നുണ്ടോ എപ്പോഴാണ് ഒരു കർമ്മം പൂർണ്ണത പ്രാപിച്ചു എന്ന് നാം അറിയുന്നത് തൃപ്തിയാവുന്നത് നിങ്ങൾക്കൊരു കർമ്മത്തെക്കുറിച്ച് വളരെ തൃപ്തിയാവുന്നത് അങ്ങനെ തൃപ്തിയായ കർമ്മങ്ങൾ ഏതെങ്കിലും ഉണ്ടോ ഒന്നൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യൂ ജീവിതത്തിൽ ഇത്ര വർഷമായി എനിക്കിത്ര പ്രായമായി ഇന്ന ഇന്ന കർമ്മങ്ങളൊക്കെ എന്നെ സംബന്ധിച്ച് വളരെ പൂർണ്ണമായിട്ടുള്ളതാണ് ഇപ്പൊ എൻ്റെ മകള് അല്ലെങ്കിൽ മകൻ ഫസ്റ്റ് റാങ്കോടുകൂടി പാസ്സായി എന്നുള്ളത് നിങ്ങളുടെ എടുക്കൊന്നുമല്ല അത് അവനെ സംബന്ധിക്കുന്ന അല്ലെങ്കിൽ അവളെ സംബന്ധിക്കുന്ന വിഷയമാണ് അല്ല എനിക്ക് അവന് ആ ട്യൂഷൻ കൊടുക്കാൻ പറ്റി ഇത് കൊടുക്കാം അതൊക്കെ വിടൂ അതൊക്കെ വേറെ നിങ്ങളുടെ കർമ്മത്തെക്കുറിച്ചാണ് പറയുന്നത് ഇന്നതിൽ ഞാൻ വളരെ അങ്ങനെ കുറച്ചെണ്ണം ഉണ്ട് എന്ന് പറയും ഇനി ഏതെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം അങ്ങനെ അതിന്റെ ആർക്ക ഈ ഈ ഈ ഭാഗത്ത് ആർക്കെങ്കിലും അത്തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ സ്വാമി എഴുതിയിട്ട് ക്ഷണിക്കുന്നു നിങ്ങളെ നിങ്ങളിതൊന്ന് പരീക്ഷ എന്താ പറയാ പരീക്ഷിക്കാൻ തയ്യാറാവും ഈ ശ്ലോകം ഈ ശ്ലോകം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് ഇവിടെ നിന്നുകൊണ്ടാണ് വ്യാസൻ പോലും പുത്രോത്പാദനം നടത്തിയത് വ്യാസൻ അനായാസത്തിനത് സാധിച്ചതും അതുകൊണ്ടാണ് വ്യാസന് യാതൊരു സംഘവും പക്ഷെ അവർക്കുണ്ടായി അവർക്കുണ്ടായി അതുകൊണ്ടാണ് വ്യാസന്റെ ആ തപസ് നിഷ്ഫലമാവാതെ വിതുരനിൽ സംഭവിച്ചത് മറ്റിടത്തൊക്കെ അതിന് അതിൻ്റെ പൂർണ്ണതയെ പ്രാപിക്കാൻ സാധിച്ചില്ല അതിന് അവിടെ ഒരു സ്വീകരണത്തിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു സ്വീകരണത്തിൻ്റെ വികലതയാണ് ആ പുത്രന്മാരിലൂടെ പ്രകടമായത് ദാസിയെ സംബന്ധിച്ച് സമ്പൂർണ്ണ സ്വീകരണമായിരുന്നു അതുകൊണ്ടാണ് വിതുരൻ മഹാജ്ഞാനിയായത് അത് വ്യാസന്റെ തന്നെ പ്രതിരൂപം തന്നെയായിരുന്നു എന്നാൽ ഈ മക്കളൊക്കെ അതെ പക്ഷേ സ്വീകർത്താക്കൾ ആരായിരുന്നു എന്നുള്ളത് ആ ചോദ്യം എങ്ങനെ സ്വീകരിച്ചു ഇതിനെ അതാണ് വിഷയം അതാണ് ഇതിലെ വളരെ പ്രധാനപ്പെട്ട മാനദണ്ഡം കാണുന്നു കേൾക്കുന്നു നടക്കുന്നു സ്പർശിക്കുന്നു എല്ലാം നടക്കുന്നു ഇതിനെ ബലാത്കാരമായി ഇന്ദ്രിയങ്ങളെ അമർത്തിവെക്കലോ പിടിച്ചു കെട്ടിവെക്കലോ അല്ല സന്യാസം സന്യാസം പാറി പാറി അപ്പൂപ്പൻ താടി പോലെ അങ്ങനെ പറക്കലാണ് എന്താ സന്യാസം എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതാണ് സ്വാതന്ത്ര്യം ഈ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ തോന്നിയതുപോലെ എങ്ങനെ ഇറങ്ങി പോകുക നമ്മൾ ഈ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ തന്നെ ഭർത്താവ് ചോദിക്കരുത് ഭാര്യ നീ എവിടെ പോയി എന്ന് എനിക്ക് തോന്നിയെടുത്ത് പോയി അങ്ങനെയല്ല കുട്ടികളോട് അവിടെ ഇവിടെയും പോകരുത് അതല്ല അത് വേറെ ഇത് വേറെ അത് വേ ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കുക ഈ ഒരു സ്വാതന്ത്ര്യം നമ്മൾ ഓരോരുത്തരും നേടേണ്ടതാണ് നേടിയേ മതിയാവും ഇത് നേടാത്തടത്തോളം കാലം നമ്മൾ നമ്മുടെ ഈ എന്താ പറയുക ഈ വിവേകമുണ്ടല്ലോ നമുക്ക് തന്ന വിവേകം അതിനെ നമ്മൾ വെറുതെ കളയുക ഇത് നേടാം ഇത് വളരെ ഗൗരവമാർന്ന ഒരു വിഷയമാണ് വളരെ ഗൗരവം അർഹിക്കുന്നു ഈ വിഷയം എങ്ങനെയായിരിക്കണം എൻ്റെ ചെയ്തികൾ നിങ്ങളൊന്ന് പരിശരിശീലിക്കൂ ചിലര് ഈ വിധത്തിലായിരിക്കാം ചെയ്യുന്നത് അപ്പോൾ വീട്ടിലെ അമ്മമാരൊക്കെ ചിലപ്പോൾ ഇങ്ങനെ നിസ്സംഗമായിട്ട് പലതും ചെയ്യുന്നുണ്ടാവും എല്ലാ ചെയ്തികളും ഇങ്ങനെയാവട്ടെ എല്ലാം എല്ലാം തന്നെ അതിൻ്റെ ആ ഒരു പൂർണ്ണത അതിൻ്റെ ആ ഒരു തൃപ്തി ഇതിൽ എന്താണെന്നറിയോ ഇതിൽ നിന്ന് കിട്ടുന്നത് ഈ ഭാവത്തിൽ നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളൊന്നും നിങ്ങൾക്ക് ശേഖരിച്ചു വയ്ക്കാൻ അതാണ് സ്വാമി പറഞ്ഞത് ഒരാൾക്ക് രേഖപ്പെടുത്താൻ പറ്റില്ല നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ രേഖപ്പെടുത്തി നാളെ വന്നാൽ അതുകൊണ്ട് രേഖപ്പെടുത്തണ്ട അതും കൂടെ പറഞ്ഞ് തന്നെ രേഖപ്പെടുത്തി വന്നാൽ അത് അബദ്ധമാണ് കാരണം അഹങ്കാരമാണ് രേഖപ്പെടുത്തുന്നത് അഹങ്കാരത്തിന്റെ നാശമാണ് ഇവിടെ ഞാൻ നശിച്ചു കഴിഞ്ഞ ഞാനില്ലാത്ത ഉറക്കത്തില് കൂർക്കം വലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അറിയാറുണ്ടോ അത് ഉണ്ടോ നിങ്ങൾ അറിയാറുണ്ടോ ഉറക്കത്തിലെ കൂർക്കം വലി പോലെയാണ് ജാഗ്രത അവസ്ഥയിൽ ഈ കർമ്മങ്ങളെല്ലാം അല്ല സ്വാമി ഓ അപ്പൊ ഇതൊരു ഒരുമാതിരി വട്ടായിരിക്കില്ലേ ഇത് അതെ ഇത് ഭേദപ്പെട്ട വട്ട വട്ടൽ പലതുണ്ടല്ലോ ഇതങ്ങേയറ്റം ശ്രദ്ധാപൂർവമുള്ള കർമ്മങ്ങളായിരിക്കും അങ്ങേയറ്റം ഇതാണ് പ്രകൃതിയിൽ നടക്കുന്നതെല്ലാം ഗൗതമൻ എന്ന ഗുരു ഒരിക്കൽ ഗുരുകുലത്തില് ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറയും മക്കളെ നമ്മുടെ ആശ്രമത്തിൽ വെള്ളം കയറാൻ പോകുന്നു ഒരു വെള്ളപ്പൊക്കം ഉണ്ടാവാൻ പോകുന്നു അപ്പം ആശ്രമത്തിലെ പശുക്കൾക്കൊക്കെ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് നിങ്ങളാരെങ്കിലും ഇതിൽ പശുക്കളെയായിട്ട് ഇന്ന ദിക്കിലേക്ക് ദക്ഷിണ ദിക്കിലേക്ക് പോകണം എന്നിട്ട് അവിടെ അതിനെ നെയ്ച്ച് പിന്നീട് വരിക ആരാണ് അതിന് തയ്യാറായിട്ടുള്ളത് എന്ന് ചോദിച്ചു അപ്പൊ ആ കൂട്ടത്തിൽ ആശ്രമത്തിലെ അന്തേവാസികളുടെ കൂട്ടത്തിൽ സത്യകാമൻ എന്ന സത്യകാമൻ എന്ന് പറഞ്ഞ ഉപനിഷത്തിൽ പല വിദ്യാർത്ഥികളുണ്ട് ഇവിടെ സത്യകാമൻ എന്ന വിദ്യാർത്ഥി തയ്യാറായി നാളെ അവൻ്റെ സ്ഥിതി പറയുന്നതാണ്